ഇറാമും ഉള്ള ആളാകുന്നു ഇക് പറഞ്ഞുണ്ടായി ബഹുമാനിച്ചത് മെഹമൂദും ബിഹി മെഹമൂദിന്റെ അലി ഒന്നായി ഒന്നായി പക്ഷെ എത്തിപ്പാറ കൊണ്ട് മാറുന്നുണ്ട് ഇസ്രാമ് ആ ഇസ്രാമിന് കേട്ടിട്ട് വേറെ ഇക്രാമിന് കയറ്റിയിട്ട് വേറെ ഒരേ സാധനം ആവർത്തിച്ച് ഇവിടെ ഉണ്ടാക്കിയ ആലിമ വേറെയും രണ്ടാക്കി ജില്ലയിച്ചേ حضروه بها قولك زيد عالم انل هو وصيغه انا اتريد ذا فانت صامد وزيد محمود ولكرام محمود ولي وان لوكن انكيتي ادا اكراما فما لله فواذلو فواذل بالطران اي இப்ப வந்தது محمودين عليه الان നിങ്ങൾ ശ്രദ്ധിക്കാൻ ഉപയോഗിച്ച ആലിമുൻ എന്നാണ് അപ്പൊ പ്രാവശ്യപ്പെട്ടതാണ് അപ്പൊ മഹമ്മൂദ് അമ്പി ഉണ്ടാക്ക രണ്ടു ഒന്നാം തീരും കുഴപ്പമില്ല രണ്ടു രണ്ടാം തീരും കുഴപ്പമില്ല എന്നൊന്ന് പിന്നെ മഹമൂദംബി എന്നുവെച്ചാൽ മഹമൂദ് അംബി എന്ന് വെച്ചാൽ ആജി ഈ നൈക്റാമാണ് നിന്നെ അന്ത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആലിമാവരല്ല നിന്നെ പ്രേരിപ്പിച്ചത് അപ്പോ അയാളെ സ്വതാ രീതി കൊണ്ട് ഹം ചെയ്യാൻ അദ്ദേഹത്തിന്റെ അകത്തുനിന്ന് പ്രവാതിലാണ് പ്രേരക വസ്തു അർത്ഥം ഇക്രാമാണല്ലോ അതിനെ പ്രേരിപ്പിച്ചത് ആ അത് പ്രവാതിലാണല്ലോ പിന്നൂത്തുൽമിൻ ഇൽമിനെ സുബൂത്താക്കലുണ്ടല്ലോ അല്ലാതെ ഇവ മതിരൂല് കോലിക്ക് സൈദൻആാലിമിൻ എന്നത് മഹമൂദും ബിജിയാണ് അയാൾക്ക് ഇൽമുണ്ട് എന്ന് അറിയിക്കലാണ് ആ സുബൂത്താന്ന് നോക്കാവൻ ആലിമുൻ എന്നുള്ളത് ഇവിടെയാണ് ഇതാണ് നമുക്ക് ഒട്ടാകത്തിന് അഞ്ചു റുക്കുകളുണ്ട് ഇത് കിട്ടിയെന്ന് സാരി ഉണ്ടാക്കി രണ്ടിടത്തേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് ഇബ് ഇനി കിട്ടിയ രണ്ടാമത്തത് വന്നൽ മഹമൂദ് ഇതാ രണ്ടാമത്തെ കാര്യം മഹമൂദൻ തൊട്ടി അതെന്താ പറയാ നമുക്ക് അന്ന അർക്കാൻ ഉള്ളത് കിട്ടിയതിൽപ്പെട്ട ഒന്ന് രണ്ട് മഹമ്മറത്തു എന്താണ് എന്ന് ഇക്റാം എഫ്തിയാരിയാണല്ലോ ഹക്കീക്കത്തിലോ കൊക്കുമീലോ എഷ്ടിയാരിയാകണം എന്നും മുത്തഞ്ഞ് പറഞ്ഞിരിക്കുന്നു അതാണ് ആലാ ജമീലിന്റെ എഫ് ടി കൊണ്ടുണ്ടല്ല ഇവിടെ ഏതാണ് ഇക്റാം നമ്മൾ വിസ്താരല്ല ഇക്റാം എഫ് ടി ആകണം അത് ഹസീകത്തു ആകാ ഹുക്കുമൻ ആകാന്ന് ഹസീകത്താകുമ്പോ എസ്റ്റി ആരി തന്നെ ഹുക്കുമാകും എസ്റ്റി ആരിയായ കാര്യം അതിനാൽ ഉണ്ടായിത്തീരും അടുത്ത് നോക്കി എഫ്റ്റി ആരി ആ ഇൽമ കൊണ്ട് എസ്റ്റി ആരി പല കാര്യങ്ങളും ഉണ്ടായിത്തീരുന്നാലും പിന്നെ ഹുക്കുമൻ ആവലിങ്ങനെ എന്നത് അതേ തീംണ്ട് ി മനുഷ്യാലും മനുഷ്യനൊരു മുലാജിമായാലും മതിയില്ല ഒന്നിക്ക് എഫ് സിയാരിയാകാം എഫ് എൻ ഉണ്ടാക്കി തീർത്തത് അതാവാം അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടി മുലാസിാലും മതി പോലെ ദാത്തൽ എന്തുണ്ട് കുതിരത്തുണ്ട് പുതിരത്തോണ്ടെന്ന് എഫ് സിയാരി അഫ് ഉണ്ടാവും അങ്ങനെയാലും മതി അപ്പാത്തിന് പോയി എഫ് സിയാരി അഫ് ആരന്റെ മനുഷ്യ കുതരത്തിനാൽ ഉണ്ടായിട്ട് ഗോർത്ത് നിൽക്കാനുള്ള മുലാസി അപ്പോൾ ഇത് സാധിക്കാകും അള്ളാന്റെ കുതിരത്തുകൊണ്ട് സാധിക്കായി കുതിരത്തിൽ പക്ഷെ മനുഷ്യർ അതുകൊണ്ട് ഭക്ഷണ അള്ളഹാനെ ദാത്തൊണ്ട് സാധിക്കും ദാത്ത മുലാസി ിഫാദ നിൽക്കണം എന്നാതില്ല നോക്കൂല്ലോ അത് എപ്പോ ഇതാത നന്നാളിനെ ശ്രദ്ധിച്ചാൽ വേണ്ടിട്ടോ അത് വൈൻകാലത്ത് അതിയത്തിൻ കൊതത്തോ ഇതാകല്ല എത്തിയല്ല എന്നിരുന്നാലും ഹതികത എന്തെങ്കിലും ും പ്രവർത്തനങ്ങൾ അതിനാൽ ഉടനെടുക്കും എന്നല്ല കാരണം വേണ്ടി വക്കതായിട്ടാത്തുകൊണ്ടും ഇത് സാധിക്കാകും ഇതാരണം ഇതാറ്റിന് വേണ്ടി എന്ത് ചെയ്ത് ഇതും എന്താ നേട്ടം മാതുക്കി മുലാജി ആയിരുന്നു ില്ല ആ മുലാസം ഏത് രാതർത്ത് നിൽക്കണം പുതിരത്തോണ്ടി ആരി ഉണ്ടാവും വ്യക്തിയാരത്തും അതിന്റെ മനുഷ്യ പുതിരത്തും നിക്കണമെങ്കിൽ രാത് കൂടാണ്ട് കഴിയൂല വക്കഥാത്ത ബിസ്തം ഇവർ പദ്ധതി വൽക്കരണം ഇതുകൊണ്ടെല്ലാ അന്തരി സാധിക്കാവൂ അത് നിസ്റ്റിയാരില്ല എന്നാൽ മിമ ചില കാര്യങ്ങളല്ലാ എൻഷൻ ഉടലെടുക്കുന്നില്ല എന്നാൽ ഒന്നുണ്ടായാലും മുലാദിമോ ഇങ്ങനെ പുതിർന്ന് നിൽക്കുന്ന ഒരു ദാസ് ഉണ്ട് ആ ദാസിന്റെ സമറുണ്ടാകല്ലാദിമാട്ടാ നമുക്ക് അറിയാം അതിന് വസ്ത്രം ഉണ്ടാകല്ല ആദ്യം എപ്പോഴും ഇതാ ഈ ആചരിക്ക അതിനു വേണ്ടി അള്ളാഹു എല്ലാ സംഭവം ഉണ്ടാക്കി നമ്മൾ എല്ലാവർക്കും സ്തുതി പറഞ്ഞു فهي إذا اختيارية الحكماً حكماً اختيارياً إننا بإتبار أنها ملازمة للساس نحن نعتبر اللعات اللعين اللعات اللعين ملازمة على ذلك أنها الكائع علمان التي انظرات ينشو عنها في المختيارة آلات اللعين اللعين اللعين اللعين يعني اختين منامته وأن عندما لا مرون وأن المحمود به محمود به ിആരിയൻ അത് ഇഷ്ടിയാരി ആയിക്കൊള്ളണമെന്നില്ല എന്തുവാഹി ബൃന്ദ്രിപ്പു കൽക്കറമി താറത്തായിക്കുടി ഹൗസിൽ ജൈതന്റെ പണിയാണല്ലോ നിക് ജയ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരനായ ഒരാളാണ് അർത്ഥം വെച്ചുകൊണ്ടെന്താക്കിയത് മഹമ്മൂദ് ബി ആയത് മഹമ്മൂദ് അബി അയാൾ എസ്റ്റാരി പട്ടതല്ലാണ്ട് അത് എഫ് ടി ആരി ആയിക്കൊള്ളുന്നില്ല എന്നും തിരിഞ്ഞു മകളാണ് അച്ഛനും പോലെ തിരിഞ്ഞ നാലാമത്തത് വാന്നൽ മഹമൂദ് അലി മഹ്മൂദുംബിയും മഹ്മൂദിന്റെ അലയും തന്നോ തൊള്ളാളപ്പൻ പാടി ചിലപ്പോഴും രണ്ടും രണ്ടാകാൻ ജയ്ലിനിയപ്പോ ജെയ്തിന്റെ ആരെയും ആശ്വസിക്കുന്നു അപ്പൊ മഹമ്മൂദിന്റെ അലേഹി വേറെ മഹ്മും ബിഹി വേറെ മഹമൂദിന്റെ അലേഹി ഏതാ എനിക്ക് താക്കി ഇക്രുന്നത് മഹ്മൂദും ബിഹി ഏതാ ഈ കൊണ്ടുപോയി എരുമുണ്ട് എരുമുണ്ട് അവിടെ താത്താലും ഏറ്റുപാടാലും എല്ലാം കൊണ്ടുണ്ടാക്കി രണ്ടും രണ്ടാക്കി മാറി അങ്ങനെയാകാം കായിക്കുമ്പോൾ മഹമൂദ് അലേറമി അൽ കറമു അൽ കറമ അപ്പാൽ മഹമ്മൂദ് ബിഅൽമകടാൻ അലേഹ്റമ നമ്മുടെ ഉദാഹരണത്തിന് മഹമൂദ് ബിദിൻ്റെ കൊടുത്താളെ ബഹുമാനിച്ചത് നമ്മടാ ഓ താരത്തെ ചിലപ്പോ എത്ത രണ്ടു വന്നാകാം വന്നാ തന്നെ ഇക്കറാമീൻ തന്നെ വലിയ ആദരവുള്ള സാധിക്കുന്ന നമുക്ക് എന്തൊരു ആദരവ് തന്നേക്കും അപ്പൊ ആദരവ് തന്നെയാണ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തത് ആദരവ് അടിങ്ങോട്ട് തന്നത് പക്ഷെ അയാൾ ഇങ്ങോട്ട് തന്നു എന്നുള്ള അത് നിങ്ങൾ മാമൂരിന്റെ അനുകൾ അങ്ങോട്ട് തന്ന മാമൂ എത്തിപ്പാട് മാറി ആണെന്നൊന്ന് അപ്പൊ ഒന്ന് എത്തിപ്പാട മാറി അതാണ് എത്താതെ എത്തിപ്പാട് മാറിയും കാഴിഞ്ഞ കൂരപോലെ ും മൻ അഫ്സൽ കറം ഈ രണ്ടും കർമ്മ തന്നെയായിക്കോട്ടെ നീ പൂർവത്തിയതും തന്നെയാണ് അയാൾ മുക്കലിമാണെന്നോസൽ കറം ആണ് ലാഹോ കോലഹോ ബൈതൻ അതായത് വേണ്ട നിന്നെ പ്രേരിപ്പിച്ച വസ്തു ആകുമ്പോ യുഹോ മഹമൂദിന്റെ അടിയിൽ നിന്ന് വിക്രാണോ കോലവോ മതിലൂന്ന് സീളി സീളയിൽ നിന്ന് കിട്ടുന്ന മതിരൂണിട്ടല്ലോ അതാണ് മഹമൂദും ബിജി അന്ന് പറയാ ദൈവം കഴിയുമെന്ന് അറിയൂക്രാക്കിയപ്പോ നമ്മൾ ദൈവം കരിയുമെന്നും അദ്ദേഹം ചെയ്താലേ ആ കരീമൻ എന്ന് പറഞ്ഞ വാക്കിൽ കൂടി കിട്ടിയത് മഹമൂദും ചെയ്യും അയാൾ നമുക്ക് നൽകിയ ഇക്രാമും മഹമൂദും അനിയും അപ്പൊ നാല് കാര്യം പിടുത്തം കിട്ടിയ ആ ഉടൻ ഇന്നത് ഇന്നത് പിടിച്ചെടുക്കലെ നാലു കാര്യം അതെ നമുക്ക് ായി ഇപ്പം ഭാഷാർത്താ അന്തിന് താരിഖ് പറഞ്ഞത് ബോധ ചാറ താരി വ്യാഖ്യാനം മഹലന്മാർക്കോ മാറിക്കൊണ്ടിരിക്കുമല്ലോ ലോകത്തിൽ ഒരു ആന ഉണ്ടാകും വെറുപ്പിന് വേറെ വായന ഉണ്ടാകും ഇസ്ലാമിൽ വേറെ വായന ഉണ്ടാവും ലോകത്തിൽ പറഞ്ഞത് അഹുലിശ്വറായി ഈ അഹുലിശ്വറായെന്ന് പറയും ബോധ മായ താരീയെ പറയാൻ പോകും നമുക്ക് തോന്നാം ഏതോ നിൽക്കാറ് നോക്കപ്പോ ലോകത്തിൽ കലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രാർത്ഥന എന്താ പ്രാർത്ഥനയും കൊള്ളാം ചെറൈലോ റസ്ബൈ കൊണ്ട് തുടങ്ങണം കരാറ് കൊണ്ട് അവസാനിക്കണം അതിൻ്റെ ചെറുത്തും പ്രധാനം പാലിക്കാനുണ്ട് അതെല്ലാം നടത്തി വരുന്ന ഒരു പ്രത്യേകമായ കല അതാണ് നോൾ കലാത്ത് ചെറൈല ചരനിച്ചാൽ ചിറയിലും വരും അല്ലേ എന്ന് പറഞ്ഞ ഉറക്കി ഉറക്കി അതിന് എല്ലാവർക്കും അങ്ങനെ എല്ലാം സംഗതി ഉള്ളതെന്നാണ് ചിറയിൽ ഭൂരിപക്ഷം ആളുകളും ആ ലോകത്ത് മാനൊക്കെ ഒപ്പിച്ചെന്നു അപ്പൊ ലോകത്തും ചെറ വന്നാമോ ആ വിഷയത്തിൽ അപ്പൊ ഈ ഉറുത്തിയാലും ചിറയിന്നെ ചെറയിൽ നോട്ടപ്രമാമ്യങ്ങളും എടുത്തു നോക്കുന്നു അപ്പൊ ചുരുക്കത്തിൽ ചിറയ്യായ മാന രണ്ടെന്ത ഇവടുക്കൽ ഒരു മാനാണ് ഈ പ്രത്യേകിച്ച് ഇമാമ്യങ്ങൾ എടുക്കല് ഭൂമിപക്ഷം പോയതോ ലോകത്തിലൊപ്പിച്ചു അപ്പൊ ചിറയിലുണ്ടേ ഇല്ല لو كتبنا دعوا في يعني لسه بقى ايه ترى عند اهل النار ركبر كلام عندنا لما نقوله في علل ادور في العبر تعريف الجنس ده نقولها في علل لما تعريفنا كان بكتب جنس فضل بقى كوتي تعريف قلنا حد تام عندنا كيس قلنا رحمه تام ربنا بيجيرنا لا بره اما نقول علل وفي علم ഒരു മനുഷ്യനാ അത് ബഹുമാനിക്കുന്നറിയിക്കണം ആ പേര് എന്ന് പറയുമ്പോ എന്തെങ്കിലും പക്ഷെന്താക്കണം ആ പേര് കൈതുണ്ട് നമ്മക്ക് എൻ ആമി ചെയ്ത ഒരാളെ ആ പ്രത്യോപകാരം ചെയ്യുന്നു ആതിരി ചൂണ്ടിട്ട് കുറയ്ക്കണം യാതൊരു വേണ്ട രണ്ടാമത്തെ ഒരു കൈത് അയാള് ഒരു മുൻകിമായ കാരണത്തിന് വേണ്ടി അപ്പൊ കാരണം ഒരു നിയമത്തെ ആ നിയമത്തിനു തന്നെ കിട്ടണം അതുകൊണ്ടാ പല പല കൈകൾ ഹാമിതായ മനുഷ്യൻ തന്നോ അയാളെല്ലാത്താക്കി തീരുമതി അപ്പൊ ഒരു പ്രക്രിയ ഒരാൾ ധർമ്മം ചെയ്ത് ധർമ്മം ചെയ്ത അമ്മ എന്താക്കി അല്ല വർദ്ധി അപ്പൊ എന്തുവാ നിങ്ങൾ ഇമി ചെയ്തത് അമിതല്ല അമിത അല്ലാത്തത് എന്നാലും ഞാൻ പേര് നാവ് കൊണ്ടുള്ള പടത്തിലുള്ള പേരാണ് ആ പേരോട് ഞാൻ എന്താ അറിയിച്ചത് നിങ്ങളെ ഞാൻ അറിയിക്കാൻ ഉദ്ദേശിച്ചത് എന്ത് വകുപ്പ് അയാൾ ഇൻ ആമി ചെയ്തത് നിങ്ങൾ അയാൾക്ക് പേച്ചു കൊടുത്തതും ഇതാണ് ചെറൈൻ ഉദ്ദേശം മാത്രമേ മാ ഈ അർത്ഥം ഇല്ല അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഈ അർത്ഥം കാണൂല ലോകത്തിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു പറഞ്ഞിരിക്കുന്നത് കുപ്പിച്ചു പറഞ്ഞില്ല അപ്പൊ ലോകത്തിലൊരു മയന പിന്നെ ചെറായി ഹരികാർപ്പെട്ട മുട്ടക്കനി വെച്ചാൽ ഇമാലിയങ്ങൾക്ക് ഈ വേന പിന്നെ ഭൂമി വച്ചവും ലോകത്തിനൊപ്പിച്ചോടെ ചെറിയ വേന വല്ല പഹൽ ലോഹത്തി വശങ്ങളൊകത്തിന്റെ ഹരികാറും ചെറൈന്റെ ഹരിഗാർ ഈ ഹരികാർ ഈ ഇമാലിയങ്ങൾ വെച്ചിട്ട് ആ ഭാവി വെച്ചിട്ട് അപ്പൊ ചുരുക്കത്തിൽതായി എന്താ ഹരി ചെറിയ പറഞ്ഞൂമിനെ സക്സീസ് ആക്കണം ഒരു സാരി പോകുന്നത് എന്താ നോക്കി അലി ഷറായി എന്ന് പറഞ്ഞ മൂമിന്റെ വാക്കാണെങ്കിലും തസീഫ് കൊടുക്കണം ബാലത്തേഞ്ച് ഇത്തോ അവർ അതിൽ ഒത്തുകൂടിയിട്ടുണ്ട് അല്ലേക്കത്തൽ ഹംതി ഹന്ദിന്റെ ഹത്തേക്കത്ത് അൽ ജമീൽ എന്ന വിഷയത്തിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് ഈ പറഞ്ഞത് ഇതൊന്നും നോക്കില്ല അപ്പൊ ലോകത്തൻ അപ്പൊ ലോകത്തിലുള്ള ഹന്തല്ല അമ്മുഷറേക്കാണ് അമ്മ ഉല രണ്ടും കഴിയില്ല ജമ്മൂറിന്റെ അടുക്കരികടാ ലോകത്തുകാർ പറഞ്ഞ എല്ലാം ആരും എടുത്തു വെച്ചു ചെറൈന്റെ ജമ്മൂർ എടുത്തു വെച്ചു അപ്പൊ ജമ്മൂർ മതകാരം ലോകമിയായ ഹന്തും ചെറൈയായ ഹും മുസാബി ഈ മഹദൻ മുട്ടക്കല്ല അടുക്കരി ലോകമിയായ ഹന്തിനകാണ് അഹസൈ അഹസായോന്നു ഇവർ അപ്പൊ ഇത് അഹസ്താ എന്ന അവസരത്തിൽ ലോകമി ഇവർക്ക് ഈ ബാലിന് എടുക്കല് ഇവരുടെ ഇത് അവസാന വ്യവസ്ഥയാണല്ലേ അല്ല ഉമ്മ മാറിയില്ലാത്ത ചുമടുക്കലി വരൂലാം താലീമാക്കൽ തൊട്ട് ആ പണി അറിയിക്കുന്നുണ്ട് ആ പണി കണ്ടാന്ന് മനസ്സിലാക്ക ാണ് എന്തിനാ എങ്ങനെ അവൻ മുൻഹിമായ കാരണത്തിന്റെ വേണ്ടി തന്നെ അപ്പൊ ഇത് ഈ താദീമിന്റെ കാരണ ഏതാ അവൻ ചെയ്ത ഇൻമാണെന്ന് കാരണം അത് ആ ഇൻ ആമ് വലുവന വൈഹാമി അന്ത് ചെയ്യുന്ന വ്യക്തിയല്ലാത്ത ബോർഡറാക്കി ഇന്നാമ് ചെയ്ത തീരുമാകാം ആ ചേരുന്നവരില്ലേ അത് സവാം കാലൻ തേരോ ആ താലീമിന്റെ മേൽ അറിയിക്കുന്ന പേരായാലും ശരി കൗലിസാൻ നാവ് കൊണ്ടുള്ള കൂലായാലും ശരി ആവിട്ട് കാലം ബില്ല് മനസ്സുകൊണ്ടുള്ള ഏറ്റുകാലായാലും മതി ആ ഒ തിരുമത്തം ബില്ലർക്കാൻ കൈകാലങ്ങളെ കൊണ്ടുള്ള തിരുമത്തായാലും മതി ദീർഘത്തിൽ ശരീരം കൊണ്ടോ മനസ്സ് മനസ്സാവാചാ കർമ്മ ഏത് രീതിയിലായാലും മതി അപ്പം ആ താലീമ് പ്രകടമാക്കുന്ന അംഗങ്ങളായ നഷ്ടം പക്ഷെ അതിന് പ്രേരിപ്പിച്ച കാരണം ഏതാണ് ഇൻ ആമ തന്നെ ആയിരിക്കണം അത് കാസ്തന്നെ ഹുമാ ഇത് രണ്ടിന്റെ ഇടയിലുണ്ട് ആ ലമോമൾ യുവജനീയുണ്ട് എന്നുവെച്ചാലോ രണ്ടും കൂടെ ഒരുമിച്ചു കൂടലുമുണ്ട് രണ്ടും വേറെ വേറെ പോക്കുമുണ്ട് എന്നായിരുന്നു ഈ രണ്ടു രാജ്യത്തിനനുസരിച്ചിട്ട് അതിനാണ് മന്ദിക്കണ്ടു പറഞ്ഞത് നോക്കോസ് വിഭജിക്കെന്താണോ ഒന്നി ഒന്ന് പനിക്കുക മറ്റേതില്ലാണ്ട് ഇത് ഉണ്ടാകാം മറ്റേതില്ലാതിരിക്കുക രണ്ടും കൂടെ ഒരുമിച്ച് കൂടുക അതെ ഒന്നിമാവും രണ്ടാവും ആ അന്നെ പണ്ട് കുറഞ്ഞു കഴിഞ്ഞു അതിനാന്ന് മന്ത്രി കാണിക്കും തിരിഞ്ഞു അപ്പൊ എന്തുകൊണ്ടല്ല എന്ന മൗര്യ ലോഹവി ലോഹമീന്റെ മൗര്യം എന്ന് വെച്ചാൽ പ്രകടമാകേണ്ടത് ഹാസ് അത് ഹാസ്സാണ് ഇങ്ങനെ നാവ് കൊണ്ടായിക്കൊണ്ടാ പണ്ട് പറഞ്ഞത് സനാമി ലോമിയായ അന്തുണ്ടാവേണ്ടത് ഇതുകൊണ്ടാണ് നാളുകൊണ്ടായിക്കൊള്ളുന്ന പണ്ട് ഇയാത്ര തനായി പണ്ട് പറഞ്ഞിട്ടുണ്ട് ആ അത്തനാ വില്ലിസ്ഥാനം ഇവിടെയോ നാളുകൊണ്ടോ ജെയ് കൊണ്ടോ കാല്ണ്ടോ മനസ്സുകൊണ്ടോ എന്തുകൊണ്ടായാലും അവിടെ അത് സാക്ഷിച്ചുവിടാനും ആ അതേ അവസരത്തിൽ ഇതിന് കാരണമായി പറഞ്ഞത് ഏതിരെ ഈ റഫു സഹൈബ്ര താരമുള്ള ഹംസിന്റെ കാരണം ഏതാ പറഞ്ഞത് മുന്യമായിരിക്കണം എന്നാ പറഞ്ഞത് മറ്റേ മുന്തിമാവണമെന്നുണ്ടല്ല അല്ലെങ്കിൽ ജമീൽ ഉണ്ടായാൽ മതി ഇന്നാണ് അവ രണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ومتعلقه متعلق عام واسرة اللغمية على حمد المتعلق عام مالاً عندما جميلة غير وضوناً إن آمن نعوه من لنا وموريد العروفين العروفين موريداً سواءً قولاً أو إعتقاداً أو حدمة نندوءاً رفرنا موريداً موريداً في هذا المعامل نام متعلقه خاص إن آمن نعوه من لنا أنا لكي أمام بقصاص من مجيئة ഇനി അത് തീർന്നു ഇനി ഹന്ത് പറയേണ്ടു പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഷുക്ർ പറയാൻ ബാക്കിയുണ്ട് അതിന്റെ തീനത ശുക്ർ നമ്മൾ എന്താ ലോകത്തും പറയുമ്പോൾ ഉറപ്പും പറയണം ആ ലോകത്തിൽ ഷുക്ർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ ഹന്തിന് എന്താണോ പറഞ്ഞത് അത് രണ്ടെയാണ് ലോകത്തിലൊരു ഷുക്ർ ഇത് കേളൻ ജുംബിമാൻ ഡാമിമൻ മൺഹമി വിശപത്വി മൺഹിമാൻ വലു അലാറയിൽ നാമി സമാഹും കാലം ചെയ്ത് പൗരം വില്ച്ചാൻ അഴുത്തക്കാലം വില്ച്ചനാൻ ഒട്ടുമത്തം പിള്ളക്കാൻ എന്തു ആകാം അത് വ്യാജി ഒന്നാണ് അപ്പോ ഒരാള് ലോകത്തിൽ ഷുഗർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായി മറ്റേ ഉറപ്പിൽ അഴുതികാര ഹന്ത് ചെയ്താളല്ലേ ആ ഹന്ത് കൊണ്ടിരിക്കുമ്പോൾ രണ്ടു ഒന്നായി വാമ ഷുക്കുർ ഉറപ്പ ഉറപ്പ് ഉറപ്പായ പ്രകാരം ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുതുബാനൂപത്താല് ഇവൻ എന്തെല്ലാം നിയമത്ത് ചെയ്തിട്ടുണ്ടോ അത് ബുദ്ധിമാകാം കേൾവിയാകാം കാഴ്ചയാകാം സമ്പത്താകാം എന്തു അത് മുഴുവനും ഇവൻ ഉപയോഗപ്പെടുത്തണം ഇലാ പുലിക്കലി അജലഹി ആ നിയമത്തെല്ലിന് വേണ്ടിയാണോ മറക്കപ്പെട്ടത് അതിന് മാത്രം ഉപയോഗപ്പെടുത്തണം നാവെന്തിനാ അള്ളാഹത്താലെ അടച്ചത് അതിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയാൽ നാവിന്റെ ശുക്കറായി കണ്ണെന്തിനു വേണ്ടി അള്ളാഹു തന്നെ അടച്ചു എന്താവശ്യത്തിന് അതിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തണം അപ്പൊ റീവത്ത് പറഞ്ഞാൽ കഥ പറഞ്ഞാൽ എന്തായി നന്ദി സുഹൃ ഘടയി കണ്ണുകൊണ്ട് മോഹർദ്ദമായ കാര്യം നോക്കിയാൽ ശുഖർ ഗടൈ അപ്പൊ അപ്പൊ ഈ സാധനം എന്തായി അഹസ്തായി മുട്ടിലാക്കാൻ നേട്ട വന്ന ലോഹവീയായ ഹന്തിനേക്കാളും ലോഹവീയായ ശുക്രനേക്കാളും ലോവിയായ ശുക്രും ഒന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മറ്റേ മൂന്നിനേക്കാണ് ശരിക്കും മറ്റേ മൂന്നില്ല മറ്റേ രണ്ടേ ഉള്ളൂ ഏതെല്ലാം ഹന്ത് ലുത്തൻ ഹന്ത് റുക്കാൻ ശുക്രക്കാൻ ശുക്ര ലോകത്തൻ ശുക്ര ലോകത്തോന്ന് രണ്ടൊന്നു തന്നെയാണല്ലോ അപ്പൊ മേൻ പറയപ്പെട്ട രണ്ടിനേക്കാണോ ഏറ്റുമാറ പ്രധാനം മൂന്നിനേക്കാണും احصى متلقىي متلقىي احصى شنو ريبل لا يرفيه على ان شكر لغويه حمدهم اغنوا يرفيه حمدهم اغنوا لا يرفيه شكرهم اغنوا ورفيه عائدنده عندها علماء مقصوم متلقا احصى متلقا ഇൻസാൻ ഹായാനൊക്കെ അപസ്തമത്തിലൊക്കെ എന്താണ്ടാൽ ഇൻസാനെ അവിടെ ആക്കി വെച്ചുകൊണ്ട് ജും ഉണ്ടാക്കിയാൽ ഇങ്ങോട്ട് സാധിക്കാവും ഇന്നിട്ട് നമുക്ക് ബാലയെ സാധിക്കാവുള്ളൂ അഹസ്താകാൻ കാരണം ഹന്തിനെ കാണും ലുഖവിനെ കാണും ഏത് ഹന്തിനെ കാണാ ഹന്തിൽ ലുഹവീനാക്കണം തന്നെ പിന്നെ ഹാന് ഹാന് ഹു തുറത്തിയെടുത്ത് അഞ്ച് തുറത്തി എടുത്താൽ ഷുറല്ലി തന്നെയാണല്ലോ ഞാൻ വിദ്യാർത്ഥിയില്ല എന്തുകൊണ്ടും അഹസാദി യുക്തിസാധിയില്ല ഈ താല ഈ പറയപ്പെട്ട അള്ളായിട്ടാലേക്ക് മാത്രം മുക്തത്താണെന്നുള്ളതാണ് നിയമത്ത് ചെയ്ത കാര്യം മുഴുവനും ആനഹോലിക്കൽ അടിയിലേക്ക് തിരിക്കൽ എന്ന് പറഞ്ഞ അള്ളാക്ക് മാത്രമേ ശുക്ര ചെയ്യാൻ കഴിയുള്ളൂ ഈതാണ് ശുക്ര നാടാ ശുക്ര ചെയ്യാൻ കഴിയില്ല മറ്റുള്ള ആൾക്കണ്ടാക്ക അപേക്ഷികമായ ശുക്ർ കൊടുക്കാൻ അത് ഒരു കാരണം രണ്ട് വപിക്കൗനിയും മുഖാബിലത്തിന്റെ ഈ ലോക ഈ ശുക്രായത്തിന് വേണ്ടിയും ഏത് മാസിയായ ശുക്ര ആയതിന് വേണ്ടിയും രണ്ടാമത്തൊരു കാരണം ഈ മുക്കാബിലത്തിന്റെ അമ്മ നിയമത്തിന്റെ മുഖാബിലായി രണ്ടാമത്തെ കാരണം അല്ല തീ എങ്ങുള്ള നിയമത്തെ അല്ലാതിന്റെ മാതൃ ചെയ്യുന്ന നിയമത്തിന്റെ മുഖാബലിയിലായി يتعمم ولا ولا غير الحاملين عام عامل لا تاكو اهل الكفيله ابن حاملين ماطر 제도 حامل شاكرمায় আলাড়ানো অবന്റെ মেরিল മാത്രം মিন হাম ചെയ്ത ইউরোপ্লোন অমన్నങ്ങളാണ് ഉപയോഗിക്കുന്നു অব രണ്ട് കാരണത്തাল അഹസായി മാറിയ ഇതിന് അരീ അല്ലാഹു തആലനെ പ്രതി നബറു ഹംദിയതനെ വസ്തുസ്സ് വർദദ അൽ അലിയ അലിയായ അല എന്നാണ് ആ അലിജന്നുള്ളത് പിടിച്ചതിൽ നിന്ന മുളിൽ നിന്ന് പിടിച്ചു അതിനാണത് അലിജിന്റെ അസലന്താ അലീന്നാണല്ലോ അരി ഞാനിപ്പിടിച്ചി അപ്പൊ ഞാൻ മുമ്പ് വാവുണ്ടാവുമ്പോ അലീ വീന്നായിരുന്നു അല ഒലുവിൽ പിടിക്കുന്നവിയാണ്ടേ ഒലുബിൽ നിന്നെ പിടിക്കുന്നു അപ്പൊ ആ സർ വാവാല്ലേ വാബ എന്ന് പറഞ്ഞിട്ട് എന്താ അലീവ് അതിന്റെ പകുതി എടുത്താല് അലീവ് ആ വാവിനെപ്പുറത്ത് എന്താ ജാനമാ ഈ ഒഴുപ്പെന്ന് പറഞ്ഞാൽ എന്താ അടുത്തി അപ്പൊ ഉന്നതനായ അള്ളാഹു എന്നാണ് അർത്ഥം വന്നത് അലീഹു എന്നായി അതിൽ നിന്നെത്തി ഒഴുപ്പിൽ നിന്ന് പിടിച്ചു എന്തതിൽ നിന്ന് അസിലിയാണത് എന്നതാണ് തിക്കരത്ത് എന്നുള്ള വനക്കല്ല ഇങ്ങനെ ഋതിൽ നിന്ന് പിടിച്ചതാണ് അതുകൊണ്ട് അതിന്റെ അസിൽ അരീവൺ അപ്പൊ ഇരു സമരത്തിൽ ഒരുമിച്ചുകൂടി സാധ്യനായ പിന്നെ വാവും വസത്വത്തിൽ ഹിതാകുമാൻ രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് സാധിക്കാൻ ഈ സുഖം സുഖവും കൊണ്ട് സാധിക്കാൻ ഇവിടെ സുഖം കൊണ്ട് സാധിക്കാതെ അലീബ്ന്ന് പറയുമ്പോ ആ കൊണിമത്ത് വാവു എന്തിനാവിനെ പിടിച്ച് ആഴാക്കി മറിച്ച് സാധാരണ ആഴത്തിനെപ്പിടിച്ച് മറിച്ചിട്ട് മട്ടിന്ന് ആക്കലാണ് അത് പണ്ടും പണ്ടുണ്ട് അവിടെ സയ്ദിന്റെ അടപ്പിട്ട് സയ്ബിദീൻറെ അടക്കിയെ വാവിനെ പിടിച്ച് ആക്കി അതേപോലെ തന്നെ ഒണി പണ്ണു സാധാരണ ആകും ീഹരാകത്തെയായിരുന്ന രണ്ടാമത്തെ മുണ്ടലബായാകത ഭാഗം അതിൽ അത് വിസരാമിച്ചു അതവിടെ തോന്നുന്നു ഉന്നതി എന്ന് പറഞ്ഞത് രണ്ടുണ്ട് ഹെസ്സിയും മണവിയും ഉണ്ട് ഒരു കുന്നിന്റെ മോള് കൊണ്ടുവച്ചെന്താ പറയാ ഹെസിയായ ഉന്നതി ഉണ്ടെന്ന് പറയാം ഒരു സാധനം ആ ഉന്നതി ഇവിടെ പറയാൻ പറ്റൂലാണ് അപ്പൊ എന്തായാലും അലി എന്നുള്ള വസ്തു കവി എന്നും ഹാബിസിനും പറയാൻ പറ്റിയ വസ്തു ആണ് ഹിസ്സി ആണോ എന്ന് ഹാബിസിനും പറയാം മാനവിയാണോ ഹാബിസിനും പറയാ കദീമനും പറയാം അയാൾ പറഞ്ഞ് ഉന്നതമായ ആളല്ലേ വലിയ നിലപാടുള്ള ആളല്ലേ എന്ന് പറഞ്ഞാൽ അസംത വരുന്നു അയാളൊക്കെ വായിക്കാൻ തീർന്നിട്ടുണ്ടാവും എന്നാൽ അയാൾ വലിയ ആളല്ലേ എന്ന് പറഞ്ഞാലും ഉന്നതനായ വ്യക്തിയല്ലേ ഹിസ്സി മാനവി എന്നാൽ രണ്ടാക്കും പറയാം ഹിസ്സി അള്ളാഹിനെ പറയാൻ പറ്റൂല അപ്പൊ ഇവിടെയെന്നാ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മാനവി അള്ളാഹു താലാക്ക് പറയുമ്പോൾ കദീമിന്റെ ആദ്യത്തിന് മുസ്തറക്കാവുന്നതോണം കഥീമിന്റെ കദീമിന്റേതായ ആ കമ്പിലും കൈപ്പിലും കുട്ടിക്കൊള്ളണം ആദിന്റെ ആദിത്തിന്റേതായ നുക്സാനം ചെയ്തോളണം കുത്തിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മുസ്തറക്കാണ് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അളവും അതേ ഭക്ഷണത്തിന്റെ ഇനങ്ങളും എല്ലാവർക്കും കൊടുക്കരു കുത്തിക്ക് കൊടുക്കരു കെങ്ങിനും കെങ്ങിനും തണപ്പുണ്ട് നമുക്ക് പറയാനും പക്ഷെ രണ്ടിനും തളപ്പിൽ വ്യത്യാസമുണ്ടല്ലോ അളവിൽ വഅന ഉഹുതറ അല്ലാഹു തആല കുബുതകപ്പെടുന്ന ഉലൂബ് മാനവിയാന എന്ന് വന്നു മാനവിയ ആകുമ്പോൾ ഇബാറത്തുൻ അത ഇബാറതായി അൻ തൻസിഹി തആല അൻ കുള്ള നത്ഫിൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലാ പോജാമിയത്തും വശുദ്ധനാകുന്നതന്നേ അതിബാറതായി അതുന്നതിയാണ് പോജി പോരായമില്ല ഇമാ അപ്പോൾ സൽബിയാസിഫതായി ഇബദസൻ ബിപോദായ്യ മില്ലൈമാനാർത്ഥമകുന്നു പക്തെന്ന് പറഞ്ഞ മാതിരി ഭക്ത സന്ധിയാ സിബത്താണല്ലോ പൈസ ഇല്ലായ്മ അല്ലേ ഇപ്പ ഏതൊരു സിബത്ത് ഇല്ലായ്മയെ കുറിക്കുന്നത് സൻഭയിച്ചു അപ്പൊ പയത്തുള്ള അപ്പൊ ഒരൈവും ഇല്ല എന്ന് പറയുമ്പോൾ കമാൽ ഉണ്ടെന്ന് വരുമല്ലോ കമാലിയ സിഫാത്ത് ഉണ്ടാദ്യമായിട്ട് വരും അതിനാണ് പണ്ട് ഒരു ദലാല തിവാമി എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ മന്ത്രി ബോധ്യപ്പെട്ടുള്ള ഉപയോഗപ്പെടുത്തും എല്ലാ എന്തുകൊണ്ട് കമാലില്ലായ്മവനുസാമല്ലോ ആ തന്തി ഉൾക്കൊള്ളിക്കും അള്ളാഹുളളവനാണ് എല്ലാ സിഫാത്ത കൊണ്ടും മുട്ട സിഫാണിയും തന്ത്രിയാ അഞ്ചെണ്ണോ ഇതം ബത്താ ബില്ലാൻ വെഹ്ദാനി എത്തി അഞ്ചണ്ണ സൽബിയാണുണ്ടോ ആ ബ്രക്കീതന്റെ അഞ്ചണ്ണയുടെ വന്നു ഗുരുതന്നെ വന്നിട്ടുണ്ട് എന്നിട്ടാണ് സംസാരം തുടങ്ങുന്നത് ചിടം വന്ന് ബക്കാൾ വന്ന് മഹാലപ്പത്ത് വന്ന് ശിമബിൻ നഫ്സീന്ന് വഹദാനിയത്തും വന്നു ആസിബാത്ത അലീന്ന് പറഞ്ഞോടുകൂടി ബ്രക്കീതന്റെ നഫ്സിയും തെൽബിയും തീർന്നു അനി മഹാലി മാനവിയ വരുന്നുണ്ടു അത് വന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഓക്കെ അലി എല്ലാ പോരായ്മയെ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ഉന്നതമായ സിഫാത്തി ഇല്ലാണ്ട് വന്നാൽ പോലെയും വീട് വരുന്നു ആ പാരായ്മ അവൻ വിശുദ്ധനാണ് എന്ന് വെക്കുമ്പോ എന്തായി എല്ലാം ഉന്നതമായ സിഫാത്ത് കൊണ്ട് മുത്ത സിഫാണെന്നും മാത്രല്ല ചെല്ലുമ്പോഴും അതാ വലക്ക എനിക്ക് വേണമെങ്കിൽ പറഞ്ഞോ അന്താറത്തുബാ ഉന്നതൻ എന്ന് പറഞ്ഞ ഇബാറത്താണ് إلا ركسينا ترتم أولا بيشور جنات أجب بارنا ولتن أبزل ميا سفاته ونمتصفيني بمناده إلا؟ ما أترم الله واتصافيه الله تعالى متصفاني أنا نقول لك نجاته بكل كمال إلا كمال سفاته ونمتصفاني إنهم ونم أننا ونمول بيشمل سفات المعاني أيضا المعاني سفاته ونمتصفيني أيضا إنهم ورألو സെൽഫ് യാസിഫാത്തിനെ മുഴുവൻ ഉൾക്കൊള്ളിച്ച പോലെ തന്നെ അപ്പൊ രണ്ടാമത്തെ അർത്ഥം കൂടുതൽ ജാമ്യമാവുന്നുണ്ട് അടീന്ന് പറഞ്ഞേല് രണ്ടാമത്തെ വായന കൂടുതൽ ജാമ്യം വന്നിട്ട് നേരത്തെ പറഞ്ഞു ഞങ്ങൾ തോന്നുന്നില്ലേ മാന യാസിഫാത്ത് ഉൾക്കൊള്ളിച്ചല്ല ഇവൻ സെൽഫ് വന്നത് പോലെ തന്നെ സെൽഫിൽ വരൂല്ല എന്നതിന പിന്നെ പരിശുദ്ധൻ എന്നാണ് അപ്പോൾ നേട്ടവന്ന് സൽയാത്തിൽ നിന്നുള്ള ഹാസ്യത്തൊട്ടി പാറത്തായി നേരത്തെ എല്ലാ തെളിബിൽ വഹദാനി തൊട്ട് ഈ ഭാഗത്തായി വാഹിദ് എന്ന് പറഞ്ഞാൽ നേരത്തെ തെളിബിൽ എന്തെല്ലാം വന്നിട്ടുണ്ട് ഹിദമ് ബക്കാർക്ക് വഹദാനി തൻചണ്ണം അൽ വാഹിദാകുമ്പോൾ അപ്പൊ അലിയും വാഹിദും കൊണ്ട് നോക്കിയാൽ മാനിയിലേതായി അൽ വാഹുദ് ഹാസും അൽ അലിയും അങ്മോയും അല്ലെങ്കിൽ അലിയിലാജ്യമാണ് വാഹിദ് എന്നും പൊക്കം അലീ നറിമന്ദ്രന്റെ വാഹിരാൻ നിറഞ്ഞോളൂ പിന്നെ എന്തുകൊണ്ട് അൽമാനോ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ കൊണ്ടും ബമാല യഫൂനോ ഭാവിയിൽ എന്തെല്ലാം ഉണ്ടാവുകയില്ല എന്നതിനെ പറ്റിയും ക്ക ഇപ്പോൾ മോജൂദായ കാര്യങ്ങളെന്തോ കായി ഇപ്പോൾ മോജൂദായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ അതുകൊണ്ടായി ഇൽമെന്നെ താലൂക്ക് എടുത്തിട്ടുണ്ട് മാവിയോടുണ്ട് ഹാലിനോണ്ട് മുസ്തഖെന്നോടുണ്ട് ഭൂതം വർത്തമാനം ഭാവിയോട് അല്ലാതിന് താല്ക്കുണ്ട് പിന്നെ എല്ലാ ഹസീക്കത്തിനോടുണ്ട് ഇങ്ങനെ ഹീക്കത്ത് വാജിബായ ഹീക്കത്തുണ്ട് മുസ്തഹീലായ ഹീക്കത്തുണ്ട് ജായിദായ ഹീക്കത്തും ഉണ്ട് ഈ മൂന്നിലാണ് നാലു കൊണ്ടത് മായക്കൂനോ എന്ന് പറഞ്ഞതായി മുൻകിനാകാലോ പിന്നെ വമാല എക്കൂനോ എന്ന് പറഞ്ഞത് മുസ്തഹീലുവായി അല്ലെങ്കിൽ എന്നുള്ളത് ഇപ്പം ഗിൽഫയിൽ മോജൂദായ മുൻകിനാക്കാം മായക്കൂന്നോ മോജൂദല്ലാത്ത മുൻകിനാത്തുകൾ മാലയക്കുവനോ മുസ്തഹീലാത്തുകൾ അപ്പൊ മായക്കൂനോ എന്തും പെട്ട് വാചകം പെട്ടിട്ടുണ്ട് അപ്പൊ മൂന്ന് മാഹി ജാത്തിനോടുണ്ട് ആകെ അഖനിയായ മാഹി ഒന്ന് ഒന്ന് വാചിബ് ഒന്ന് മുസ്തഹ ഒന്നും ജാജ് മുൻകി നല്ല ജോലത്തിൽ ചോദിക്കഴിഞ്ഞ വിഷയമാണ് അത് ഉണ്ടാണ്ടിരിക്കുന്നവണ്ണം ഒന്നിക്ക് തിന്ന ഉണ്ടാടിയിരിക്കുക അല്ല തീരെ തിരിയാത്ത ഉണ്ടാടിയിരിക്കുന്നു അൽ ഫർദി ഫർദായവനാണ് അപ്പൊ വാഹിതും പോകും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അൽവാഹിം ുംഫാലുംഹിദാണ് അപ്പൊ ഫർദിന്റെയും വാഹിദിന്റെ ഇപ്പോ അൽ വാഹിദി അൽ മുനീ അലിഖി ഫി വസിഫാത്തിൽ ഇവിടെയോ അൽ ഫർദിന്റെ വാഹിദ് വാഹിദ് الغني أو الغنيا يبنى عن كل شيء إلا وسكرتتم إلا وسكرم إنه وبيناً فالا يفتقيروا وإفتقال بدون إلى محل فلا لمخصصين محل لكم إلا مخصص لكم الله فمحل لكم إلا أنه يتحدث وإلا أنه يتحدث عن الله وإلا أنه يتحدث عن وجود منه محل لكم وردات لكم وردات لكم فالله تعالى ാന്ന് വന്നു ഇപ്പൊ സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അറബിന് ഒരുക്കിയില്ലേ അത് ചിന്തിയോണ്ടല്ല അറബ് സ്നേഹം എന്നുള്ള അരളല്ലേ ഇപ്പൊ അപ്പൊ അറിവുകൊണ്ടല്ല കവർ പറയേണ്ടത് മുഹാസീസ് മുഖാസീസ് എന്ന് പറഞ്ഞാൽ ഹാരിസ് ആവുന്ന സാധനമാകുമ്പോ പുതുതായിട്ട് ഉണ്ടാക്കി തീർക്കുന്നു ബേറാളുകൾ അപ്പൊ അതുപോലെ മൊനീന വസീർ മുതലാരിലേക്കും ആവശ്യമില്ല എന്ന് വന്നു അപ്പൊ അവിടെ മോദിക്ക് കുഴപ്പമില്ല എന്ന് വന്നു മൊഴീരുണ്ടാകുന്നുണ്ടോ കുഴപ്പമുള്ളത് കൊണ്ടല്ലേ ഇവന്റെ ബുദ്ധിയും കഴിവും പര്യാപ്തമല്ലാത്തതുകൊണ്ടല്ലോ മൊനീനും വസീറും ആവശ്യമായിരുന്നു അത് ചേർത്തിണ്ടല്ല വസീർ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഭാഗങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടും വസീറാകുമ്പോ കുറെ ഭാഗം ഇവൻ ചെയ്യും കുറെ ഭാഗം മറ്റോ സഹായിച്ചു തന്ന മൊയനായിരുന്നു തുണിയും പവിക്കോടും മറ്റൊരു ഇന്ത്യക്കോടും എനിക്ക് ഇങ്ങനെ ഇത് തന്നെ അപ്പൊ അള്ളതിന്റെ വളരെ വേറെ വരാ കയ്യിൽ ലാലിക്കെതിരെ കൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ അപ്പൊ തസീന സിബത്തായി ഫബൽ ഗനി മുത്തലഖു ഫബൽ ഗനൽ മുത്തലഖു ഫമുത്തലഖായ ഗനീബ പറഞ്ഞത് മുത്തലഖ നമുക്കൊന്നും മുത്തലഖായ ഗനീയില്ല നമുക്ക് വിലണ്ട് ആശേഷികമായ മുഖയ്യദായ വിലാണ് തൽകാരം തൽകാരത്തിലേക്ക് ചില വസ്തുക്കൾ തൽകാരികമായി ആവശ്യമില്ല എന്ന് അറിയാം മുത്തലക്കായു അത് ഉൾക്കൊള്ളിക്കുന്നു അള്ളാഹു എന്ന് അതൊക്കെ പറഞ്ഞ പോലെ മാത്രമല്ല അവൽ കമാലിയത് കമാലിയാസിഫത്ത് മഹാനിയാസിഫാത്തില്ല കുതിരത്തെയും റാഗത്തെയും കലാമെല്ലാം ഉൾക്കൊള്ളിക്കാൻ അടക്കുള്ളതോടുകൂടെ സ്വയം വിദക്തനാണോ ഒന്നിലേക്കോ ആവശ്യമില്ലല്ലോ อัลมาจิดิเนมาจิดินานู ഇവിടെ കാണണ്ടേ തീരാ മഹനാബุล കരീമൂൽ വാസിറുൽ ലഫൽ എന്നാണ് ഒരു തീരണ്ട് കരീം എന്താ കരീം കൊടുചൽ ഔദാദു മിശാലമായവൻ എന്നാണ് അതിന്റെ അർത്ഥം കരീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന മാജിദിന്റെ അർത്ഥം വെച്ചാണ് വകീല അശ്ശരീഫുൽ അലീം ഒന്നവനും അലീമായ മഹാൻ എന്ന അർത്ഥമുണ്ട് ഇതിനി മാജിദിന് വേണ്ട അർത്ഥാണ് ഈ രണ്ടാമത്തെ അവർത്താവ് ഇവിടെ കൂടുതൽ സൂട്ടാകുന്നു അപ്പൊ ഈ സരി വേട്ടെ നോക്കാം ആർക്കും മറന്നിരിക്കുന്നില്ല മാസി ആദൽ ബൈസി മൂപ്പ് തുടങ്ങിയ രണ്ടാമത്തെ ബൈസർ ചെല്ലിയിട്ടുണ്ടോ അൽഹന്ദി അല്ലേ അല്ല അലഹം എന്ന് പറയുമ്പോ അക്കീദന്റെ ആ ഇനങ്ങൾ കംപ്ലീറ്റ് അതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടോ അലിമെന്ന് പറഞ്ഞിട്ട് രണ്ടു വാദി പോട്ടു മുൻകീലി പോട്ടു മുസ്തഹും പെട്ടു അതിലേക്കല്ലെ താലൂക്കും പൊട്ടു അഹസ്ത സിഫാത്തവീദിന്റെ എല്ലാ ഇനങ്ങളും അറ്റീൽ ഉൾക്കൊള്ളിച്ചു തസ്ദീം ഉൾക്കൊണ്ടു മാനിയും മാനവീം ആ കമ്പ്ലിറ്റ് സിഫാത്ത് അല്ലെങ്കിൽ അതുകൊണ്ട് മാഫി ആദരും ബേത്തിരാൽ സ്ഥിരീരാൽ എന്നതാ തുടക്കത്തിൽ തന്നെ ആ പ്രാരംഭം തുടങ്ങുമ്പോൾ തന്നെ വിഷയങ്ങൾ മുഴുവനോ രക്ഷവരികൾ ഉൾക്കൊള്ളിക്കലാന്ന് പറയത്തൊരു സ്ഥിരാൻ ഈ ബാലബന്ധിക്കുമ്പോൾ തന്നെ ഇന്നയിലേക്കാം തുടങ്ങുമ്പോൾ തന്നെ അത് ഇന്ന വിഷയത്തിലേക്കോതും അതാ മറാത്തൊരു സ്ഥിരമാണ് സാധനം അത് ഇതിലുണ്ടോ എന്നതിൽ ആരിക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല രണ്ടാമത്തെ പറയം അപ്പവർ സ്വരാത്തിവത്ത സിനിമ യും ബി ഉ എന്നുണ്ടതാ മോളിലേക്ക് വടങ്ങ് വെറുതീയായ അമ്പിനെ പറ്റി പറഞ്ഞ് ഋതിയായ അമ്പ് ലോകവിയായ ശുക്ർ ഒന്നുമിട്ടുണ്ട് അതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ യും ബി അത് അറിയിച്ചു തരുന്നു എന്നാണ് ആർക്കറിയിച്ചു തരുന്നു അപ്പൊ അറിയിച്ചു തരുമ്പോൾ ഈ ഹാമിദല്ലാത്ത ഒരാൾ വേണം അറിയാൻ അവിടെ ഉണ്ടാണോ അയാളെ ഫെയിലിൽ കൂടി ഇഷ്ടചെയ്യലിന് വേറൊരാൾ അപ്പൊ ആ ഫെയിലറിയിക്കുകയാണെന്ന് പറയുമ്പോൾ അറിയുന്ന ഒരാളപ്പുറം പേണ്ടേ അതുകൊണ്ടാണ് ആ റൈറൽ ഹാമി യു ഹൈറൽ ഹാമിദിന്റെ മക്കളും വേറെ സങ്കല്പിച്ചത് ഹാമി ഈ ഹന്ത് പറഞ്ഞ ആളല്ലാത്ത ഒരു സെക്കൻഡ് പേഴ്സൺ വേണം എപ്പോള് ആടുണ്ട് സങ്കല്പിച്ച് ലവിത്തല ആലി ഓരണ്ടെന്ന് അറിഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള സാധ്യത ആണ് അപ്പൊ ലവിത്തല ആല എന്തിനാ അതായത് നിങ്ങള് പറഞ്ഞിട്ടുണ്ട് ആ സീറിലെന്താകാം കൗരു കൊണ്ടാകാം അമ്മ മറ്റുള്ള ആളറിഞ്ഞു നിസാൻ കൊണ്ടുപോകാം ആ അങ്ങനെ തിരിയും ഏത്തു കാവുകൊണ്ടാകാം ഏത്തുക്കാതെ ഒരാൾ കാണാൻ കഴിയും അതിനൂടി ഷാമിലാക്കാനെന്താക്കി ലവിത്തല ആലേഹി ഓൻ അതിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ആ ഐത്തുകാദിനെ എത്തിപ്പെടാവുന്ന പാകത്തിന് എന്താക്കി പുറമെ പ്രകടമാക്കുകയാണെങ്കിൽ അങ്ങയും എന്റെ ഏറ്റുകാടിന്റെ മോളെ പ്രവർത്തന അറിയിക്കൂല് അപ്പൊ ഫലായകല ആലേഹി എന്ന് കരുതുകൂട്ടിയാൽ അതിന്റെ മോൾ ഇഷ്ടാവൂല അന്ന ആവൽ കവിയെക്കോനുമിൽ കള്ളി കൽബ് കൊണ്ടും ആറാവാലോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കൗലുകൊണ്ടും ആവാം നാവ് കൊണ്ടും ആവാം കൽബ് കൊണ്ടുള്ളതും ആ പണിയും ആവാ ശുക്റാവാൻ അപ്പൊ കൽബ് കൊണ്ടുള്ള പണി വേറെ ആളിയോ അല്ല വിത്തലാലി അതോ അങ്ങനെ തെരുവ് അതാകല്ലോ ഇനി വലോ അലാൽ ഹാമിൻ ചെയ്തവനാകണം എന്നാ പറഞ്ഞത് ആ കെയറോസ് അത് ഹാമിതായ ആളെന്നാണോ നല്ല വേറൊക്കായാലും മതി അപ്പൊ പല വിഷ്ഠ അന്തക്കൂനത്തു ആ മസ്കൂറായ ആളുണ്ടല്ലോ മസ്കൂറോ മഹമ്മൂദോ ആയ ആള് അയാളെ വക്കൽ നിന്നുള്ള നമുക്ക് നിയമത്ത് കിട്ടിയ കയറിയല്ലേ ആ നിയമത്ത് ആ ഒരു ചെറുപ്പില്ലാ നക്സിൽ ഹന്ത് പറഞ്ഞ അല്ലെങ്കിൽ ശുക്റ പറഞ്ഞ വ്യക്തി നക്സിലന്ന ആവണോന്നില്ല വേറെ ആർക്കെങ്കിലും അയാ മതിയെന്ന് വൈന്നമൽ മതാറോ അലാ കോ മുൻ നിയമത്തിന് മുക്കാബിലാകണമെന്നേ നമുക്ക് നിയമമുണ്ട് ജന എന്നുവച്ച മനസ്സിലാവും മനസ്സുകൊണ്ട് ഏറ്റിക്കാതായാലും മതി എന്ന് പറഞ്ഞു അത് ആ ശുക്ർ പ്രകടമാക്കുന്ന അംഗം അന്ന് ഒരു ചോദ്യം വരുന്നുണ്ട് ഏറ്റിക്കാതുകൾ കൽവി അത് കൽബിനുള്ള ഫയിലല്ലോ കൈഫാണല്ലോ ഏറ്റക്കാടുക എന്നുള്ളതെന്താ സാധനം അത് അറിവിൽപ്പെട്ട കഴിഞ്ഞാൽ അറബിന്റെ ഏതിനത്തിലാവിടുക ഫെയിലിൽ പെടുമോ കൈഫിൽ പെടുമോ കൈഫിലാവിടുന്നത് ഫെയിലിൽ പെടുന്നില്ലല്ല അത് നിങ്ങളെ താരീഫ് എന്തായിട്ടില്ല ജാമ്യമായിട്ടില്ല എന്നല്ല വന്നത് ഏറ്റുക്കാതമ്പിൽ ജനാനി നിങ്ങളെ താരീഫിൽ ഫെയിലാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് വൈദ്യമാഹ കൈഫിയുൻ അത് കൈഫിയത്താണ് ലഹു കൽബിനുള്ള കൈഫാണ് എന്നാണ് പറയുന്നത് مجيبة, مجيبة. أيضا مربدي بأن المرادة بالسئلة ما قابل الامتعال لمقابل لأي الله فيناك وطيئكا هذا يعني أنه يكون لعملين لن نربرنا سئلة كيف يل مقابل لأي الله أغام بار الله؟ سيئل لأنه امتعال سئلة امتعال امتعال لأي الله فيناك يا مدين امتعال لأي الله فيناك يا مدين كيف هو فيعلي وقمه عند المدينة അന്നെ കൈഫിനെ എന്തുകൊണ്ട് ഷാമിലാക്കി കളിയും ഈ ഒമ്പത് അസൈൻമെന്റിൽ നിന്നുള്ള ഇതിന്റെ മുഖാബിലാകണ്ടു വെച്ചാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൽ എന്ത് പെടാൻ പാടില്ല ലിസാൻ പെടാൻ പാടില്ല കാരണം ആകെ രണ്ടിപ്പോയിരുന്നു അപ്പോൾ ഹാത്തിന് ശേഷം ആമിന് അറ്റപ്പ് ചെയ്യലേക്കും വന്നത് ജനാന് അർക്കാൻ പറയുമ്പോഹിറായ അങ്ങെല്ലാം വന്നു ലിസാൻ ആവശ്യപ്പെട്ടല്ലോ അപ്പോൾ ഹാസിനു ശേഷം ഹാമിനു ചെയ്തു റോവിയ ഇത് എവിടെന്ന കിട്ടിയത് ഒരാറാബിയായ മനുഷ്യൻ അത്താ അലിയൻ കപ്പമുള്ളിൽ വന്ന് പാർട്ടാവ് ദുർഹമൻ അങ്ങനെ അവർ ദുർഹം കൊടുത്തു ഫലം മസ്താക്കല്ല ദുർഹ്മ കൊടുത്ത് കുറഞ്ഞതാണെന്ന് അയാൾക്കൊരു തോന്നി വലം ഞെക്കൊന്നിൻ്റെ എല്ലഹു അപ്പൊ മൂപ്പറ കൈമരി ഒരു പടയങ്കി അല്ലാത്ത വേറൊന്നും കൊടുക്കാനുമില്ല കുറഞ്ഞു പോയി തോന്നിയപ്പുണ്ടാക്കി നാവും ആ പടയങ്കി അങ്ങ് കൊടുത്തു അപ്പൊ നമ്മുട്ടിയല്ല മതഹ ഹു അപ്പോൾ അറിയുന്ന വി എന്താ അന്യ പിന്നെ ഒമാക്കാന ശുക്കിരി ബിജമാനിക്കും ولكنني هاولت في الشكر مذهبا عبادتكم النأماء مني ثلاثة يذيبا لساني واللمير المحجبا هذا بالله بالله لا هذا مقول لبروه وما كان شكري يا رابي بريد أن لا شكرا لا ിജമാലിക്ക് നിങ്ങൾ ചെയ്ത ആ നല്ലൊരു കൃത്യുണ്ടല്ലോ ധർമ്മം ചെയ്തേ അതിനോട് പൂർത്തിയാകുന്ന സഹത്തായിട്ടില്ലാന്ന് നന്ദി പറയാൻ വാക്കുകളില്ലാന്ന് വനാക്കിങ്ങനെ എങ്കിലും ഞാന് ഹാ വെൽത്ത് ഫിഷു മതഹ ബാദിന്റെ ശുക്കുര് വേണ്ടി ഒരു പോംപയി കണ്ടെത്തുകയാണ് ശുക്ർ ബോടിയാളാന്റെ അതിന് പോംപഴി എന്റെ അപാറത്തു കുമാവും ഇന്നീ തലാത്തൻ ഉം നിങ്ങൾ എനിക്ക് കൊറേ നിയമത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ ആ നിയമത്തെ മുഴുവനും എന്റെ വക്കൽ ഇന്ന് മൂന്ന് കാര്യത്തിന് നിങ്ങൾക്ക് ഇഫാത ചെയ്തിരിക്കൽ മൂന്ന് കാര്യമുണ്ട് അത് മൂന്ന് നീക്കം തന്നെക്കാം എന്റെ ജടി വലിശാനി വള്ളമീൽ എന്റെ ഗെയ്യും എന്റെ നാവും എന്റെ മനസ്സും നീക്കം തന്നെ എന്ന് വെച്ചാൽ മൂന്നംഗങ്ങളെ കൊണ്ടാണെങ്കിൽ ആകെ ശുക്കു പോകാനുള്ള അത് മൂന്നംഗം തന്നേക്കാം അപ്പിച്ചാൽ അതിൽ കൂടി നിങ്ങൾക്ക് ഇഫാത ചെയ്യാം അപ്പൊ മനസ്സാ വാചാ കർമ്മണ മൂന്നിന് കൂടി അപ്പൊ ആണ് രണ്ടിന്റെ അടിയിൽ നിസ്ബാർ എന്നാ പറഞ്ഞത് അപ്പൊ എന്തോണം ലാബി എന്തോണം ഓരോ രണ്ടും ഒരുമിച്ച് കൂടണം ഹൈവാനു എന്ന് പറഞ്ഞ മാതിരി വെള്ളാം കൊച്ചി രണ്ടും ഒരുമിച്ച് കൂടി ചെറുക്കട്ടയിലെത്തുമ്പോഴേക്കില്ല എന്തായാലും കാക്ക എടുത്ത് നോക്കിയാലേ ഹൈവാനുണ്ട് അഭിയതില്ല ചോക്കെടുത്ത് നോക്കിയപ്പോൾ അഭിയ തന്റെ ഹൈവാനില്ല എന്ന് പറഞ്ഞത് പിന്നെ വയം ഫരുത് കുന്നും മിന്നുമാ രണ്ടിൽപ്പെട്ട ഓരോന്നും വേറു ഭാഗത്ത് ഇരിക്കണം അനില്ലാത്ത മത്തിൻ തൊട്ട് ബിജിഹത്തിൻ ബി ജിഹത്തിൻ ഹോമിൻ ഉണ്ട് അവിടെ ബിജിഹത്തിൻ ജിഹത്തുകൊണ്ട് വേറൊട്ട് വിൽക്കണം ഇഷ്ടം കാക്ക കാക്കാനുണ്ട് പക്ഷെ ചെയ്തില്ല വെള്ളയല്ല അടുവ ചോക്ക് വെള്ളയാണ് പക്ഷെ ആയവാനെല്ലാം രണ്ടും കൂടി എടുത്ത് നോക്ക് വെള്ളം കൊച്ചാലി അന്ന മോവിന്റെ ഹാസ്വൻ ലോക അതെവിടുന്നാണോ പുറത്തു വരേണ്ടത് അതാണ് മൗരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്താകട്ടെ ശുക്രാവട്ടെ പുറത്ത് വരേണ്ടതാരുണ്ടല്ലോ പിന്നെ മൃതാലിലക്കൊണ്ട് ഉദ്ദേശിച്ചത് അമൃത്ത അതെവിടത്തേക്കാണോ ചെന്ന് പതിയുന്നത് അതാണ് മൃതാലിലക്ക് അപ്പ എന്റെ നാവിൽ തുടങ്ങി ശുക്കുരവിടത്തേക്ക് പോയി അയാൾ നിയമത്തിലേക്കാണ് നേരം ചെന്നു കൂട്ടുന്നത് അപ്പൊ നാവ് ഹാസ്റ്റായി മൃതാലിലക്കും ഫാസ്റ്റായി നാവിൽ കൂടിയോ ിൽ കൂടിയോ കല്ലിൽ കൂടിയോ പ്രവടമാകുന്നു ചെന്ന് മുട്ടുന്ന മഴവിനോടുത്തേക്ക് നിയമത്തിലേക്ക് അപ്പൊ മൗ ഇത് മൊത്തം എന്ന് വെക്കുമ്പോൾ എങ്കിലും രണ്ടും ഉത്തരവാദിത്വം വെച്ചാൽ അരുണുശ്വരന്റെ അടുക്കലുള്ള ഹന്തും ലോകത്തിലുള്ള ശുക്രും രണ്ടും തുല്യമാകുന്നു അപ്പൊ ഇൻസാൻ അംബാസ്വറും ഒന്നാണ് ഇതെന്ന് പറഞ്ഞ മാതിരി ഭിത്തുമെ പേരെടുക്കുന്ന വിഷയത്തിൽ രണ്ടും രണ്ടും പേരായി കാണാമെന്നേ ഉള്ളൂ വറുവ അഹസ് മുത്തലക്കൻ എന്ന് പറയും വന്നുണ്ടാകും അഹസ് നവസരത്തിൽ ഇത് മൂർത്തിയാക്കിക്കൊണ്ട് മറ്റേ രണ്ടും ചുമത്യാനും സാധിക്കാമോ انسان حسنا عبده كل انسان هاوانا ضابط قوته اپول غرفيا يا ال غرفيا الا شكرن لوغيا يا, ي... يا حمدمان لوغيا شكرمان والله ثغتاي او ما بينه وما ادا العموم بالخصوص المطلق له وجود хотите <بقى فيه> الشكر الτίسلح هي با الأستلاحية الشكر انني أشكر النورorangين إنه الأظيما و Pelحمد الغبيآ و Peelحمد الغبيآ و Peelحمد الغبيآ ماで نmelgrienه؟ أرافيفي من الطبب إنهم أط Leggenspy Cosmo ميتعلم إلا نهiah فتلم إلا نват само placذا أبا نض inside ولكن أنا أحتاجه Everywhere با somm proceeds الشكر النغبي Man nghĩ الذي شخصك للطبب ولا أكس أكثر بأعن الله മേൽപ്രകപ്പെട്ട മൂന്നുണ്ടാക്കും അതിൽ തമോമന്റെ ജീവിതത്തോട് മൂന്ന് കൊടുക്കും അതുപോലെ എല്ലാ ആവാർ ഇൻസാനെന്ന് പറയാൻ പറ്റില്ലല്ലാ ആയവ് ഇൻസാനും ജയിച്ചുടൊപ്പം അപ്പോൾ അമോമത്തിൽ ഇൻസാൻ പുറത്തു കൊണ്ടുണ്ടാവും അപ്പൊ ഇൻസാന്റെ മാന്യാവൂല്ല ഇൻസാനെ സംബന്ധിച്ചിടത്തോളം മാനിയാണ്ട് ഇക്കല്ലോ എമ്മൂന്നിന്റെ ചേട്ട് പിടിച്ചാണെങ്കിൽ നല്ലൊരു കാര് ഇൻസാനെ പിടിച്ചു നോക്കുമ്പോ എമ്മൂമ്മിന്റെ ജീവിത്ത് പിടിച്ചാലുണ്ടാവില്ല ഹാവാൻ ഒന്നോമ്മന്റെ ചേട്ട് പിടിക്കുക ജീവിതം ഉണ്ടാക്കും പഹുറും ക്ഷീരും ആനയും കുതിരയും പൂച്ചും അല്ല ഉൾക്കൊള്ളുന്ന കൂട്ടത്തിൽ ഒരു വന്നേ ഉണ്ട് ഇൽസാനൊക്കെ വെറുതെ ഉണ്ടോ ഇൻസാന വില്ലേ ഇന്ന് അതാസിൻ ജി ഹോമിഹാർ എന്ന് പറഞ്ഞത് അതേ തരത്തിൽ നിങ്ങളുടെ ആയബാൻ കൊണ്ടോ ജീവിതത്തിൽ കുസൂന്ന് പിടിക്കുക എന്നാ മുസാബി ചോ ആയവാന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലാരാന്ന് നിങ്ങൾ പറഞ്ഞ ആയവാനും ഉദ്ദേശിക്കുന്ന അയവാനും ഇൻസാറുണ്ടെന്ന് അല്ലല്ലോ മുസാവിൽ എഴുതുക അപ്പൊ ഫല റൊമോമന്റെ ജീവിതത്തിൽ കൂടി ഫലിതാവുക മറ്റേതാ പറഞ്ഞോ ജീവിതത്തിൽ കൂടിയില്ലാ നമോമൻ കൂടിയാവാ ഫൊസൂസിന്റെ ജീവത്തിൽ കൂടിയാ കാരണം ഒറ്റയ്ക്ക് ഇൻ ജീവിക്കുന്നതോടെ സ്വയം പഴുതും കുന്നും മില്ലും അനില്ലാകെ ബി ജിഹത്തിൽ അത് ഉമ്മിന്റെ ജീഹത്വാതാ ഫസൂസിന്റെ ജീഹത്വാതാണ് ഓരോ ജിഹത്തും വെള്ളാമ്പത്തിൽ ചോട്ടിൻ കത്തുമ്പോ ആ ഹലവറെ സാധിച്ചാകാണ്ട് പോയി ആകാണ്ട് പോയി പോയല്ല ഓപ്പോസിറ്റിലാനാ വന്നത് ഹരവാനല്ലാത്ത പിന്നെ വെള്ള കാക്കടുത്ത് നോക്കി കേട്ടാ നെയ്യാം ഹരവാന്റെ ജീവിലും വെള്ള നീ കുത്തിട്ടില്ല താലാന്നുള്ളത് താലേഡും അതില്ലത്താണെങ്കിൽ ഈ അഹസീയ തിഹീൻ ഇത് അഹസായ ചിഹത്താണ് ഒരു കാരണം അത് ഒന്ന് ഒരു കാരണമുണ്ട് അദ്ദേഹം നിയമം തെറ്റിപ്പോയി ബജലിക്കും അമ്മാല തൊണ്ണക്കൊണ്ട് മുക്തസ് എന്ന് പറഞ്ഞാലർത്ഥം We nowashkar ad departed. وِنَّا النَّامِ شُكُورِ частиّل لعن ada وَجَندْ آتَرَهُمْ إِنَّا اللَّهِ جَعَاً لَلَّهِ اللَّهِ إِنَّا لَكُلِّكِ لَقَطَتْ قَلَانَ شُكُورِ شيئًّذا إِنَّا اللَّهُ جَعَاً لَتَمُொَنَا مِقْتَسِونَ اللَّهِ سعيد عدال الغريدات الله کی أممون ومشكورة مع <مرة> ذاتك تساس شئ مشنه كلّають <مرة> فهي വൺ ഹാസിലോ അല്ല അന്ന സർക്കല്ല അലാ ഈ ഒരു മനുഷ്യന്റെ അവന്റെ അലാക്കൽ മുഴുവൻ തിരിക്കൽ ഹാലിക്കിലേക്ക് തിരിക്കൽ എന്നുള്ളത് എസ് തന്നെ ഏതൊരു അഞ്ഞക്കൂ കയ്യില്ലായിട്ട് അള്ളാഹുത്താനല്ലാത്ത ചുക്ക് ചെയ്യാൻ സാധിക്കൂലാണ് അസത്യം കൊടുക്കാനേ കയ്യോടെ എസ്ക്കാർക്ക് ഉണ്ടാവില്ല അതായത് അള്ളാഹ് എസ്റ്റസ് വധുക്കവനിധാനിയെന്നുള്ളത് അഹസ്യത്തിന്റെ മറ്റൊരു കാരണമാണ് والنعى ان نشر هذا القرار عن حمد اللهم تعالى من ذكر الحمد اللهميا والعرفا من عرفيا والشكر اللهميا والروقيا ندره صالح عندما بردد حمد الشكر ما له معنى برني لوغيم تورقيا ما له معنى ما له معنى مره و2 ندرناك അപ്പൊ ലോമിയായണ്ട് ഉറപ്പിയായണ്ട് ലോമിയാ ശുക്രു ഉറപ്പിയ ശുക്ര പക്ഷെ ഇനിയും മൂലം ചെറിയൊരു പോയിന്റിന് ബാക്കിയുണ്ട് മതഹേന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടില്ല അതൊക്കെ വരേണ്ട ആവശ്യമില്ല വനം വിധിക്കൊരു മത മതഹിനെ പറഞ്ഞിട്ടില്ല ബി ക്സ്മി അതിനും തന്നെ രണ്ട് കിസ്മ ഉണ്ട് ഉറപ്പിയും വരണം അതല്ലേ അപ്പോൾ നനക്കൂർമോ പത്ത് മല്ലിൽ ഫായിനെത്തി ആ ഫായി പൂർത്താൻ ഞാൻ പറഞ്ഞാൽ നിൽക്കുന്നു ഇങ്ങനെ മധു എന്ന് പറഞ്ഞാൽ കൊണ്ടുള്ള തനാകാകുന്നു അപ്പൊ ഏകദേശം ഹന്തിനോട് എടുത്തു ഹന്തിനോട് എടുത്തു അല്ലേ പക്ഷെ അരാ അല്ലാത്ത പുസ്തകങ്ങളാകണം എന്നതാണ് അവിടെ വ്യത്യാസം പറഞ്ഞത് അപ്പൊ അവിടത്താണ് ഹന്തും മധു തമ്മിൽ വേറൊടുക്കുന്നത് ഇസ്രാരി അല്ല ഞാൻ എന്തായി മധുഹായിട്ട് മാറുമെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ടോ അതാ എന്റെ പകുതി രണ്ടിന് വേറെ വിടുന്നത് ഇനി മധുനെ ഉറങ്ങി എന്ന് പറഞ്ഞാലോ ഇസ്ലായി ഹീരൻ താളീമി ഷക്സിന്റെ താബീമാക്കുന്ന തൊട്ടുള്ളൊരു പണിയാണ് അപ്പൊ ഏകദേശം അവിടുത്തേക്ക് എത്തി ഷുക്റിലേക്കെത്തി ലോമിയ ഷുക്കറിലേക്ക് അല്ലെങ്കിൽ ഉറപ്പി ഞാൻ അഞ്ചിലേക്ക് ഏറെ അടുത്തിട്ടുണ്ട് ആ സിഫത്തി കമാലിൻ അപ്പൊ കമാലിന്റെ സിബത്തിസാകെ കൊണ്ട് മുന്നിൽ ആവണമെന്നില്ല ആ റച്ച് ഓരോ കടമ്പരി ഇപ്പൊ മറ്റുള്ള ചൂക്കുന്നതോണിപ്പത് പക്ഷെ എന്താ പറയുക കമാലിന്റെ അന്ധങ്ങൾ സിബത്തുണ്ടാകിയ കൊണ്ടോ കമാൽ അന്തങ്ങൾ സിബത്തുണ്ടാകൽ എന്ന് വന്നതിൽ ഞാൻ മാറുകയാണെങ്കിൽ മറ്റു മൂന്ന് കുറച്ച് ഏതൊക്കെ മധും പിന്ന ലോമിയായ ഷുക്ർ ലോവിയായ ശുക്റും ലോഫിയായ ഹും ഇസ്ലാഹിയായ മധു കൊടുത്തുകൂടും കമ്മാൻ അന്തം കൂട്ടി കൊടുക്കുന്നില്ല പറഞ്ഞാൽ അത് ഇന്നാമ ആണെന്ന് സാധിക്കുന്നുണ്ടല്ലോ ഇന്നാമയാണെങ്കിൽ മറ്റേ മൂന്നും കൊടുത്തല്ല മധു ത്തൂൽ അപ്പൊ മധുരക്കായി ആറെണ്ണം കിട്ടി അത് മൂന്ന് മാദ്ധ ഏതൊക്കെ ഹന്ത് മകര് ശുക് മൂന്ന് മാത കോ ലോബിയും ഇസിലായി മൂലണ്ടാറ് മീൻ നിറവി ചലാത്ത ഷുക്ർ ഹന്ത് മകല് ഇസിലേയും ഏതാ ഇസിലേനീ ലോബി ഉറപ്പി വൺ നിസമൈന അപ്പൊ ഇതിന്റെ അടിയിൽ ഓരോന്നിടത്താൻ നിസമ തൊഴിട്ടും പതിനഞ്ച് നിസബ് എന്നാണ് ഒന്നും ഒക്കെ സീസം മുത്തലാഖ മുസാദി ഒന്നോ പൊക്ക ദിവസം മിംവദീനൊക്കെ ഉണ്ടായി ഇങ്ങനെ പതിനെട്ടായിക്കോന്നതി പറയുന്നു ഓരോ അടിക്കാതെങ്ങനെ ഓരോന്നെടുക്കാം മറ്റൊരു രണ്ടത്തിൽ അടിച്ചു നോക്കാം ആറെണ്ണം വെച്ചിട്ട് ഒന്നും കെടുക്കാം മറ്റേ അഞ്ചിന്റെ ഇത് നീക്കെടുക്ക ഇതെടുത്തിട്ട് ബാക്കി കഴിച്ചു ബാക്കി അഞ്ചിനോട് ഇതെടുത്തിട്ട് കയച്ചു ബാക്കി അഞ്ചിനോട് അപ്പൊ ആറ് ഡിസംബർ നോക്കുമ്പോൾ പതിനഞ്ച് പൊട്ടി പതിന പറഞ്ഞിട്ട് നോക്കിനി പിന്നെ നീക്കം പറഞ്ഞിട്ട് ഹോം വർക്ക് ഇരിക്കട്ടെ ഞാനാ നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ തോന്നിയാ പറയും ചെയ്തു ടോർക്കിനിയായ മഹിഷു എന്ന് പറഞ്ഞത് എന്താ പറയുന്നുണ്ട് ഈ വിശബവിസാദി ബിസിൻ എന്ന് പറയും ആം എടുക്കുകയാണെങ്കിൽ മറ്റേ മൂന്ന് ഒരുമിച്ചുകൂടും എന്ന് പറഞ്ഞത് മൂന്ന് കുടിമിസാധിയാവൂ അല്ല പഴഞ്ച് വിശുദ്ധ കിട്ടാനുള്ള കാലം വന്നില്ല എന്നൊക്കെ തലപ്പൊതു ശുക്കുകൾ ഉറപ്പിക്കുക പൊന്നിക്കെടുക്കുക മാറ്റി വാഹിൻ മറ്റ് ഓരോന്നിനോടും അപ്പൊ ഈ അഞ്ചോ ഹംസീൻ അപ്പൊ അഞ്ച് നിഷ് കിട്ടണം ഈ ഒന്നെടുത്ത് ഒന്ന് മറ്റേ അഞ്ചിനോട് ചേർത്ത് അഞ്ച് നിഷ് കൊടുത്തിരം കിട്ടണ്ടേ എന്തെല്ലാം കിട്ടി ഒന്ന് ഈ എല്ലാം നൂറ് വൽഫോസിൽ മുത്തലപ്പു വത്തിലപ്പിൽ അഞ്ചു നിഷ് കിട്ടുന്ന പറയുന്നു തൊണ്ണൂറ് വൽക്കോസോസ് മുത്തലക്കായിരിക്കാൻ അഞ്ചിനുണ്ടാവില്ല അപ്പൊ അഞ്ചു നിശ്ചിപ്പ് ശുക്കുറിലെത്തി കെടുത്തിട്ട് മറ്റിനോട് ചേർത്ത് വെച്ചാൽ എന്തും കിട്ടും മുത്തലക്കയും കിട്ടുകയുള്ളൂ എന്നാണ് അഞ്ചിനുത്തരമത്തിലുള്ളതാണ് വിളിക്കോ എനിക്ക് താസം ഷുക്രൻ ലോമീന്നെടുക്കാം ഇതോടൊപ്പം മഴ കയ്യിൽ ഷുക്കറിന്റെ വൃത്തി വൃത്തിയല്ലാത്ത ഷുക്കറിനോടൊപ്പം വൃത്തിയ ശുക്കറ മാറ്റി വെച്ചാൽ മറ്റിനോട് തോക്കിയാലോ അറുപങ്ങനെത്തി നാലു ലിസ്റ്റ് ബുദ്ധു കഴിച്ചു ബാക്കി അഞ്ചിൽ നിന്ന് ഒന്നോടെ മാറ്റി വെച്ചല്ലോ കഴിച്ചു ബാക്കി നാലിനോട് നാല് നിസ്ബോട്ടു എന്താണ് നാല് ലിസ്ബ وإن كان مع الحمد معلغبي مع, مع, مع غير الشكر باسمه ذو التراب السبيل وإن كان مع الحمد وهمي عبر مدح الروح ينفل ما خصوص من بذيهك وإن كان مع المدح الروحي فلن الخصوص المترقى لكا وتترقب الحمد معلغبي مع غير الشكر باسمه ذو التراب السبيل وإن كان مع الحمد الروحي فلن الخصوص البتيموت وإن كان مع المدح باسمي فلن الخصوص المتلكوت وتترقب الحمد لله فيها مع غير الشكر باسمه اسمها اللغه الهيون سرايه اليه الاسرائيلي بل الحمد لله قسم اثبات عليهم اللهم بل خصوص المتلقى وتظهر هذه اللغه وهي معلغه في وبينهم اللهم خصوص المتلقى تعمل هذيك الكتب يعني انا ممكن ان انا كده من تيله قرنا كانوا بيشون ان ياكوري من كده الله وانا ما كنت ما بقول لها قلت لهم غير ما كنت لا എന്തിന്റെ അസന് അസുഖിച്ചത് പിടിക്കുമ്പോൾ അല്ലെ അസല എന്താ അരവുന്നേ അതിന്റെ ആയിട്ട് പറഞ്ഞു അലാജാലു അരീവൻ ി സുക്കൂമി അപ്പൊ വാവിനെന്താ പറയാതെ വാവിന്റെ ഏതാമ മാറുമ്പോഴ പറയുകയല്ലോ മകനിയാണെങ്കിൽ ആർക്കത് പറയാൻ പറ്റുള്ളൂ അവസാനത്തിന് ആവു വാദിനെ യാതച്ചു എന്നതെ സാധാരണ ഒന്നാമത്തെ മറച്ച രണ്ടിലൊന്നാമാല എന്ന് പതിവ് ഇത് അനാഹിനുധന്റെ ഫിനാത്തിനെതിരാണ് റായുധ ഉള്ളത് എങ്ങനെയാ അന്തൽ മുതമിയാണ് യുതാമ ചെയ്യപ്പെടുന്ന സാധ്യത മറിച്ചിട്ട് മുതകമ തീയിനെ ബാക്കിയാക്കണമെന്നാണ് നിയമം ഇവിടെ നേരെ തിരിച്ചൊരു വൃത്തം ഇഞ്ചിൻസിൽ മുതകമ തീ രാ ലമ്മകാലത്തിൽ ജാവ് ഹപ്പിനാൽ വാവി ജാവ് മാവുകൊണ്ട് നോക്കിയാൽ ഏതാ ഹ് ജാവ് അപ്പൊ വാവിനെന്താക്കി ജാവും നോക്കുന്ന വാവിന്റെ അടുപ്പം കൂടിയത് സുഖത്ത് നോക്കിയത് മനുരോധിച്ച് തന്നിച്ച് സയ്യിദിന്റെ തണുപ്പ് വന്നെങ്കിൽ അദ്ദേഹമാണ് തനുണ്ട് പറഞ്ഞിട്ടുണ്ട് സൈ ഗിരി പറഞ്ഞതെ തനുന് അടിയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂല കാരണം അള്ളാഹു താലൊക്കെ പറയാൻ പാടില്ലാത്തതാകുന്നു ഇബാറക്കൻ ഇബാറത്തുന്ന് പറഞ്ഞാണ്ടും അക്ബറുംബി ഒരു കാര്യം അറിയിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ ബാഴം എന്നാണ് നിന്റെ അർത്ഥം ഇബാറത്തു എന്ന് പറഞ്ഞത് അപ്പൊ ഇതുകൊണ്ട് തിരിയാക്കപ്പെടും അല അലഹു അല മുനു എന്ന് നമുക്ക് അർത്ഥം വെച്ചോളും അലിയും അർത്ഥം വെച്ചാൽ മുനസ്സഹർ അർത്ഥം പറഞ്ഞോളാം എത്ര പ്രകരിച്ചാൽ فَتَطَلَّمَ مَنَو نَجَل عَلِيّ الْعَلِيِّ انَّهُ يَتَمَنَّى وَأَنَّ بِجَمِيعِ صِفَاتِ السُّلُوبِ يَنْوَدَ جَنِّ تَسْلِبِ السَّلْبِ ذَمَّانَ سُلُوبُ إِيمانَ نَسِينا سَلْبَ النَّفِيِّ وَلَكَ نِكْ بَرَيَاوَ انْتَقُ نَفِيَانَ عَلِيِّ وَهُوَ بِهَذَا الْمَعْنَى هِيَ رَنَّامَةَ مَعْنَى الْفُرَادَ مِنْ الْأَسْمَاءِ الْجَامِعَةِ فيه. ഒന്നാമത്തെ വനവറുകാരെ സെൽബിയാസിഫാത്ത് ഉൾപ്പെട്ടിട്ടുള്ളൂ രണ്ടാമത്തെ സെൽബിയും ആനിയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവിടെ ജാമിയാത്താണ് അലി ചെയ്യുന്നത് അൽവാഹിദി ഇവിടെ വാഹിദ് നേട്ടുണ്ട് അലിയെന്ന് പറഞ്ഞാൽ തന്നെ എന്തായി വാഹിദും ആലിമും അനിയും എല്ലാം ആളുകൾ കിട്ടും അപ്പം വായു എന്ന് പറഞ്ഞത് അലിന്റെ നതീജവാദിയാണ് ഒരു ലാജിമബാദി അതുണ്ടായാൽ ഇതുണ്ടാവും അത് ആദിമുദ് അലാർത്തൽ അപ്പോൾ അപ്പോദാനിയത്തിലുണ്ടോ നുമോമിൽ ഹംസത്തിൽ പ്രസിദ്ധമായ അഞ്ച് കമ്മുകളെ നസീച്ചയിലാണ് എന്തിലുള്ളത് വഹദാനിയത്തിലുണ്ടാവുക ി സിപ്പാത്തിരി അഷ്ടാലിരി മുത്തച്ഛലായ കമ്മു മുത്തലായ കമ്മുങ്ങനെ നൂരണ്ടാറ് കമ്മുവരും ആറ് കമ്മും പാത്തിലാ കണ്ടെന്ന് ഏത് മാത്തുരീതി പോയി മാത്തുരീതി ഒരു പ്രകാരം ആറ് കമ്മും പാത്തിലാണെന്ന് ഞാനേ വാദനീട്ടാവുള്ളൂ നഷ്ടനീറ്റിൽ പോലും അഞ്ചു ഒരു കണ്ട عن قال لله متصلات عنه واصلات عنه بالله متصلات واصلات عنه فواصلات متصل متصل متصل متصل عن الله منفصل عليه قال مشهور لا بان ان بما يقول ان ما العلم حصيس علمه عذلا بالمستقبليات انا فضي لكتي ورا مبونن காரങ്ങളെ കുറിച്ച് azli tanndaytunde avante ilmi hatayidutunde ennai ി എല്ലാം അതിൽ കൊണ്ടു എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വഭിമാളുകാരിവൻ എന്ന് പറഞ്ഞാൽ വാജിബാസും ജായി ജാത്തും പെട്ടിട്ടുണ്ട് എന്നും വന്നു അപ്പൊ മൂന്ന് മാതാവളം വന്നു ഇതൊക്കെ വാജിഭാത്തും വംകിനാത്തും മുസ്തകീദാത്ത മൂന്നും പ്രശ്നം ചിലർക്കുമ്പം അറിയേണ്ടത് ഏറ്റവും വലിയ മാറ്റമാണ് മൂന്നു എന്ന് പറയുന്നൂണിൽ വാദിന്റെ സർബും വാഹിതും ഒന്നാണ് പോയത് പല ഇച്ചത്തിന മഹല്ലിൻ എന്ന് പറയും മഹൽ ഞാമിഹിഹി അള്ളാഹു താലാത്ത് ക്യാജാമും മിനസ്റ്റിണ്ട് എന്ന കാരണത്തിന് വേണ്ടിയിട്ടില്ല മഹലിനേക്ക് ആവശ്യമില്ല അപ്പൊ തലയിച്ച സിഫത്താൻ അപ്പൊ അന്നാവിത്താൽ ആരല്ല സിഫത്ത് എന്ന് പറയാൻ പറ്റില്ല പത്തു മുടി മഹല്ലിൻ ഒരു മഹല്ലിനെത്തിന്റെ സിഫത്താൻ ആറിലായിട്ട് മാറും അപ്പൊ അറിയത്തിനത്തോട് നഫീത് ചെയ്യാനാണ് ഉണ്ടാക്കിയത് മകല് ലിസ്റ്റ് കാറില്ല എന്ന് പറഞ്ഞിട്ട് വനഹാരിത്തൻ ഹാരിഫുമല്ല അതിനെ നഫീസ് ചെയ്യാനാണ് ഉണ്ടാക്കിയത് ഇനത്താജു ഈ മൂജിദിൻ ഇല്ലായ്മ ഉണ്ടാക്കിയെടുക്കണ്ടതാണ് ഹത്തിച്ചു പിന്നെ മൊഴീനില്ല വതിക്ക് ഞാനൊക്കെ പറഞ്ഞതന്നെയാണ് മൊഴീനില്ല വജീലില്ല എന്ന് പറഞ്ഞാൽ പണിക്ക് കാണുന്നുണ്ട് സ്വയം പര്യാപ്ത ഞാനം ഒന്നും അപ്പോ ഒന്നില്ല പ്രശ്നമൊന്നുമില്ല എന്നല്ലേ അപ്പോ പല ആ ഡിസൺ അരികുമില്ല എന്നറിയിക്കുള്ള മയിലേക്ക് ആവശ്യാതിന് വാറ്റുപ്പുൻ ബസീർ അനു മൈലി മുറാദിക്കുന്നു ഈനെ മേലെ ആരത്തുപ്പാക്കി ബസീറിനെ അത്തപ്പാക്കിയത് മുറാതിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞ പ്രാവിന് പലതാ മൈലാക്കണ അഖസ്താണ് ഇത് ബസീർ ആ والا غير ذلك متون ليك علم يمكن يذكر له الحادثه حادثه واستقباله الاه يقار له يمكن يكثار الا فلا الغنى المطلق الذي مفزعن لا ما قصر به الغنى غني وغني بقدرتي متور تفسير ಆಗಿದೆ એટલે આય કુલ لشيء فيلا يستقرن وان المطلق غنيين ീന്നുള്ളതായി ജാമ്യം അസ്മാലി പലതുണ്ട് അസ്മാണ്ട് പിന്നെ സിഫാത്തുൽ ബാത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് സിഫാത്തുൽ ജാമ്യത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് معناه الكريم انه قم يذكر من الاسماء الجماليه جماليه اسماء البطارح الكريمنده معنا الاول روبييت എന്ന സ്വാതവിലുമല്ല ഉണ്ട് ജമാലിന്റെ ഒരു റൂബിയത്തിനെ സവിതാതുന്നോളി റൂബിയത്തിന്റെ സവിതാതന്താര ജലാരി അദാ വഖീറുൽ ഷരീഫുൻ അമീൻ എന്നുള്ളതായി പ്രകാരം ഫയക്കുന്നുള്ള അസ്മാൽ ജാമിഅ ജാമിഅയ അസ്മാൽ البطരാഹ ിൽ നിങ്ങൾ ജമാലിയെ വെച്ചാൽ നിറക്കേണ്ട ജാമ്യത്തിൽ വെച്ചാൽ നിരക്കുള്ള മാജിദിനുള്ള എന്തായി നത്തീജത്തിന്റെ ഇസ്മിന്റെ അതീക്കാപോ തൊട്ടമ്പുള്ള ഇസ്മിന്റെ നത്തീജിയാണ് തൊട്ടം ഉള്ള ഇസ്മീയും അപ്പൊ അലിയിന്റെ നത്തീജയാണ് വാഹിദും പിന്നെ അലീകിന്റെ നതീജയാണ് മാജിദിനുള്ളത് രണ്ടാണ് പരസ്പരം ഒത്തുട്ടു പോകും എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട അരി വാഹിദ് അനിങ് മാതി ആറ് ഇസ്മാനും ഉത്തരവാദിത് ആറിസ്മിന് അഞ്ചേ കൂട്ടം തോന്നുന്നുണ്ട് പുറത്തും വാഹിതും ഒന്നാണെന്ന് പറഞ്ഞു തീർന്നു വാദം പുറതും ഒന്നു ആ അഞ്ച് നമ്മളെ കിതാബിലെന്തിനാണോ തുടക്കം കുറിക്കുന്നത് ആ സഹീദ് മുഴുവനും ഇവിടെ വിളിച്ചറിയിച്ചിരിക്കുന്നു എന്തായി മുൻ അറിയിച്ചു മുനിഹ ഈ അഞ്ച് ഇസ്മിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ല ഇത് കമ്പ്ലീറ്റ് ഉണ്ട് അല്ലാതെ കിതാബല്ല അത്രേ പിന്നെ ബറാഹത്തുള്ളി സ്നേഹാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ ഈ അഞ്ഞതുക്കുകൾ പറയുക എല്ലാം വൈരംഗ്യ പ്രാസംഗികനായാലും മതി ഈ അമ്പലി കലാം ഈ അല കലാമിന്റെ തുടക്കത്തിൽ പറയുക എന്താണോ അത് പറയുന്നൊക്കെ അറിയിക്കുന്ന ശരി കലാം ആദ്യം തുടങ്ങിയത് അതെല്ലോ പറഞ്ഞു ഞാ പറയാൻ പോകുന്നു എനി ബറാറ്റിന്റെ ലഫ്താർത്ഥാന്ന് പറയാൻ പോന്നു ഇസ്ലാഹിയ ആരും പറഞ്ഞത് ഇതാ തടവ്വക്കാല ധൈര്ഹി മറ്റുള്ളതിനകത്താണ് മികച്ചത് ബറഹ എന്ന് പറയും ഇസ്തുവിനാവ് എന്ന് പറഞ്ഞാൽ ബുഹൂർ അതിന്റെ പ്രത്യക്ഷമാവൽ എന്നർത്ഥം അല്ല മറ്റു സോമിനെക്കുന്നുണ്ടായോ അള്ളാഹെ വെക്കുന്നുണ്ടായോ ഇന്നാളെ വക്കുന്നുണ്ടായോ ഇങ്ങനെ മാറ്റി വെക്കാം കാര്യ കൊണ്ടുള്ള ദ്വാരാണ് അസ്ലിന്റെ ലോകത്ത് അള്ളാക്ക് പറയുമ്പോ അള്ളാഹ് ദ്വാരത്തിന് അർത്ഥം വെച്ചാൽ പറ്റൂലല്ല അപ്പം വേറൊരാളു വാ ചെയ്താൽ ആ വാക്കനുസരിച്ചുള്ള ഫൈവല ചെയ്തു കൊടുക്കുന്ന കയ്യാത്ത അപ്പൊ സനാത്തി എന്നത് ചേർക്കപ്പെട്ടാൽ അള്ളാഹു താല കൊണ്ട് ചേർക്കപ്പെട്ടാൽ മാനയാകും ഇൻഹാബ് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നല്ല അസൽ ഇൻഹാം എല്ലാവർക്കും ചെയ്തിട്ടുണ്ടല്ലോ ത്ത് അച്ഛൻ നിയമത്ത് കിട്ടാതെ ആരെങ്കിലും ഉണ്ടാവും അതിന്റെ സിയാദെത്തിൽ എങ്ങനത്തെ സിയാത ആകണം അൽ നപ്പുറോ ഇനി വർത്താ ചെയ്യും ആ നിയമത്ത് അവരെ ആദരിച്ചുകൊണ്ടും അവരെ വന്നിച്ചുകൊണ്ടും ചോർത്തു കൊടുക്കപ്പെടുന്ന ആ മരിച്ച ഓൺ ബെങ്കിൽ ഹൈക്കോട്ടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാക്കി ദോഷം കുറിച്ചിട്ട് ഇന്നും വിട്ടിവിട്ടു എന്നാ അപ്പൊ കലാപത്തിന്റെ കടന്നുണ്ട് ആ തിയറത്തിൽ ഞാൻ ഉണ്ട് അതോടൊപ്പം താമീമും സമുജീയം എന്റെ കൂടെ ചേർന്ന് വരിക പിന്നെയും എന്ന് പറഞ്ഞാൽ ഇവിടെ തണിയിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ തണിയെ കൊടുക്കുന്നു പറഞ്ഞത് ആ പ്രസന്റേഷൻ കൊടുക്കാൻ എല്ലാ രക്ഷപ്പെടുത്തലെന്ന അർത്ഥത്തിനല്ല സല്ലമാക്ക് പാഞ്ഞല്ലോ രക്ഷപ്പെടുത്തലെന്ന അർത്ഥമുണ്ട് സല്ലമ്മ ഉള്ള രക്ഷപ്പെടുത്തിട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയും ഒരു കാര്യത്തിൽ കീണു തുക അർത്ഥമുണ്ടല്ലീമുണ്ട് اماني الله برطحيتنا معانا كانوا غروضو ان نبي نبيو قابتهن انبي ال مخذودي انا انه اي نبي ان لفظه دي عالم الاسلام وريدو ذلك لما عبد النبي لما رياضت النبي اظن ان دي في لكن بوصالت رياضت النبي قال محمد صلى الله عليه وسلم اتفقوا بيقولوا كان من مريان بيرو النبي نورنا رايحكوا മുഹമ്മദ് അതാരാണ് മുഹമ്മദ് എന്നാണ് അപ്പൊ പിന്നെ പറഞ്ഞു പരിചയപ്പെടാം കാണാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു കാണണം പറഞ്ഞു ാരും പറഞ്ഞു പറയാം നമുക്ക് പറയാൻ ഉണ്ടെങ്കിൽ പറയാം എന്താ പറയാ എന്താ പറയുമ്പോ ഒന്നുമില്ല വൻ നബിയോ ലബി എന്നത് അതിന്റെ താരീഫ പറയുന്നു ഇൻസാൻ മനുഷ്യനാഥ താരീഫ് നമ്മളെ മോദിക്ക് ഓർത്തിയിട്ടുണ്ട് താരിഫ അത് താമു റസ്മുത്താമ് അത് റസ്മുണ്ടാക്കി അരി കൊല്ലം മണ്ണുണ്ട് പറയുന്നു ഇൻസാനാണ് എങ്ങനത്തെ ഇൻസാണിത കയറുവാൻ ആണായിരിക്കണം സ്വതന്ത്രനായിരിക്കണം അതേതെല്ലാം പോയി ജന്നിയുടെ കൂട്ടത്തിൽ നിന്ന് രവിട്ടുന്നില്ല പിന്നെ പണ് നമ്മളുടെ കൂട്ടുന്നില്ല അടിമയുടെ കൂട്ടത്തിനും കൂട്ടുന്നില്ല ഇതെല്ലാം അസലിയായ കാര്യമാണ് ഇനി അതി പുറമതിന്റെ ഊ ഐലഹിം പറയാ പറഞ്ഞു നമ്മൾ എത്തുന്നുണ്ട് നമ്മുടെ അത് പറഞ്ഞത് ആ ഫല എന്ത് പറയുന്നത് എന്താ ഐഹക്കാമിൻ കൊണ്ട് അഹിയായിരിക്കപ്പെട്ടിട്ടുണ്ട് ിറ്റോ സമാൻ ഒന്നിനടി തബലീയമില്ല അതെത്തിച്ചു കൊടുക്കാൻ വേണ്ടി കരുതിക്കപ്പെട്ടാലും ശരി അമിപ്പണം പറയുന്നുണ്ട് ഇല്ലെങ്കിലും ശരി അപ്പൊ തബലീ കൊണ്ട് ഉദ്ദേശം ഈ സാല ആ മുക്കല്ല ആ ഹെക്കാമിനെ എത്തിച്ചു കൊടുക്കലാണ് തബലീമുണ്ടർത്ഥം ഉണ്ടായിക്കാം പറഞ്ഞു അതിന്റെ കാരണം ഒന്നുകൂടെ ഹാഡ് കൊണ്ട് നിൽക്കുക നാലു കൊണ്ട് എന്നിട്ട് മറ്റില്ലാത്തല്ല മത കാരണം അവരൊക്കെ പറക്കും പോലെ ഫീസിനെ കൊണ്ട് എത്രയായിരം ആളുകളോട് ഇല്ലാമെന്ന് അധികം ഓരോ പ്രസംഗിച്ചലോത്തിൽ ചെയ്യുന്നുണ്ട് ഇതേസാമായി അതിനുള്ള താങ്കൾ പറഞ്ഞു ആറ് റോജിലേക്ക് അഞ്ചു പ്രോജനും നാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ സമ്പൂർണ്ണ ഊർമിന് ആയിട്ട് ഇങ്ങനെ ജീവിച്ചാൽ തന്നെ നാട് ജനീഷം ഉണ്ടാകാൻ അധികം മുസ്ലിം ആളുകൾ അതിന് ഉൾക്കൊള്ളാത്ത ഒരാള് ആയിരം ബാങ്കുകളുണ്ട് ബാങ്കിൽ നിന്ന് എത്ര നാളായി ജോയിട്ടാ മൊത്തം ബാങ്കിലേക്കുന്നുണ്ടെന്നും മേൽപ്പിച്ച് പറഞ്ഞു വല്ല പാലുകൊണ്ടിരുന്ന പറഞ്ഞാത്ത നാലില്ലാത്തൊന്നും റസൂ നബി എന്നുള്ളത് റസൂ എല്ലാ റസൂർ നബി ആയിരിക്കും നബി എല്ലാം വസൂൽ ആയിക്കൊള്ളണമെന്നില്ല നോമു മുസലാണ് അതാ മന്ത്രിക്ക് പറഞ്ഞ ആവശ്യപ്പെടാൻ പിന്നെ വായിക്കുന്ന പൈസ അസലെന്താണ് എന്നാണ് ഹംസ കൊണ്ട് വായിക്കുക നബി ഉൻ അതെങ്ങനെ കിട്ടി കമാ യദു അലി അവിടെ ഹംസാണ് വേണ്ടത് കിട്ടിയത് ഈ നബി എന്നതിന്റെ ലഫുവിന്റെ വായിച്ചതങ്ങനെയാണ് ബി ഹംസക്കി ദുലി അലി അസ്സലാമലിക്ക് അവിടെ ദശപുദിലൊക്കെ ഹംസ കൊണ്ട് വായിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെയ്ത പണി എന്താ കുടിബത്തിൽ ഹംസത്തു ഹംസനെ പിടിച്ച് ആരാക്കി മറിച്ചതാണ് നബിൽ നിന്നാണ് അതിന് പിടിച്ചത് അതാണ് നബീത് അപ്പൊ നബക്ക് നൽകപ്പെട്ട എന്റെ പടിയിലായിരുന്നു നബറു എന്ന് പറഞ്ഞാൽ എന്താൽ ഹബു ഒരു വാർത്ത എന്നാണ് അപ്പോ പടിയിലാകുന്ന അവസരത്തിൽ ലിസ്മു ഫായിലായിട്ടും വിസ്മു അഫൂലായിട്ടും അർത്ഥം കൊടുക്കാൻ വാർത്ത പറയുന്നോറും വാർത്ത കൊടുക്കപ്പെട്ടവർ രണ്ടർത്ഥം കൊടുക്കാം അഫൂരിനമായ അപ്പൊ വാർത്ത നൽകപ്പെട്ടോറ് അസം കിട്ടിണ്ട് മുത്താരി ഊഹി അറുകൊണ്ട് എന്ന് പറയുമ്പോൾ വാർത്ത കിട്ടപ്പെട്ടാണെന്നല്ല അർത്ഥം കിട്ടത്തുള്ളൂ പുറത്ത് പറയുന്ന ആളാ റസൂലക്കിൻ്റെ വരുന്നു പുറത്ത് എനിക്ക് ഇന്ന് അർത്ഥപ്പെട്ടിട്ടുണ്ട് അന്നിന്ന് ഉത്തരവാദിത്വം മേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പുറത്ത് പറഞ്ഞുകൊടുക്കുന്ന ആളായ റസൂല ഡൂട്ടിയല്ലേ മുമ്പത്തെ താരീഫിലെന്താ ഉള്ളത് ഊഹി അയിലെ مركبا اياليك بطول ابي اخبارات بطول ابي اسمه فعل ما على كابل رضينا اي ارقم ين الله تعالى قد اخبارنو بي حكام فلد ردن الاحكام ولكند اوارك الله تعالى ببنم قلتت النافتن اي اي ببنم طاري النور ان ارقبنا طاري النور طاري النور അപ്പൊ പറയുന്നത് ഇന്നത്തെ പറഞ്ഞേ തബുനെ കൊണ്ടുള്ള തൽപ്പന ഉണ്ടാക്കില്ല അതിൻ്റെ കിട്ടിയെന്ന് അപ്പൊ ഇല്ലാന്നോ സവിനല്ല പറയുന്നു എന്നും മാത്രം ഓർ സവിനെ മാത്രം പറയാ അത്ത വിക്കണ്ട ഇല്ല ഞാൻ ലഭിക്കാനേ എന്ന് പറയാനോ അപ്പൊ വാർത്ത പറയുന്നവർ എന്ന അർത്ഥത്തിൽ കൊടുക്കാം താലെ തൊട്ടൂർ പഴയ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ല അതാ പിന്ന സിപ്പുണ്ട് ഇന്ന വായന ഉണ്ട് ഇന്ന ആക്കാമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇതാണ് നബ എന്ന വാക്കിൽ നിന്നാണ് ആരെ പിടിച്ചത് നബീനെ പിടിച്ചതെന്ന് മറ്റൊരു സാധ്യതയുണ്ട് അന്നഅഹു നബി വിൻ ഭാവി ിൽ നിന്ന് നെപുപത്തല്ല മീനെ നബുപത്തി നബുപത്തു എന്ന് പറഞ്ഞാൽ നബ എംബു എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഉണ്ടതി കുറാവ് ചൂന നബുപത്തു എന്ന് പറഞ്ഞാൽ വാബു നബീബു എന്നുള്ള വാവു മറിക്കപ്പെട്ടു യാഴായിട്ട് മറച്ചുപാട്ട് തെയ്ഞാനത്തിലുള്ള മറിച്ചിട്ട് അത് മുമ്പും പറഞ്ഞിട്ടുണ്ട് വാവിനെ മറിച്ചിട്ട് യാളാക്കിയിട്ട് ഈ രീ ഇതിന് ഭൗതികമതി ആകത്തെ യാളെപ്പിടിച്ച് ഇതുമാക്കി വിമാനം അപ്പൊ അർത്ഥം എന്തായി ഉദിഹമ്മതിയൊക്കെ എല്ലാം വിമാനം കൊടുക്കേണ്ടി അപ്പം തന്നെ വിത്തു മൂർത്തഫ്യ ആയാളെന്നാണോ ഉയർന്നാളെന്നാണോ ലബീന്ന് പറയുമ്പോൾ ഉയർത്തപ്പെട്ട ആളെന്നാണോ അല്ല ഉയർത്തുന്നാളെന്നാണോ രണ്ടു ആദ്യം വേണമല്ലോ ഇസ്മുഫലിസ്മിൻ്റെ അർത്ഥം ലബത്തിൽ നിന്ന് കുടിക്കുമ്പോൾ വിഷമ ഫായിലി മസ്വിലക്കിലോ അതുപോലെ ലബുബത്തിൽ നിന്ന് കുടിക്കുമ്പോണല്ലോ വിഷു ഫായിലാക്കാനും മക്വിലാക്കാനും മക്വരാക്കുന്നല്ലോ മക്കൾ ആദ്യം മുന്തിച്ചു അതുപോലെ ഒടിമ്പ അഭിമാന മക്വർന്നാർത്തും പറ്റി ഉറത്തബ ഉയർക്കത്തപ്പെട്ട ആളുകൾ വിഷു മക്കൂലാക്കിയല്ലോ മഹർത്തബ ഉയരം സിദ്ധിച്ചാണ് അതിനങ്ങനെ പറയുന്ന സാധാരണ റത്തുമ്പോൾ ഒരാളെ വർക്ക് വരുത്തുമ്പോൾ അറിയാലോ അന്നർത്ഥത്തിനല്ല മാനവീയ റുത്തുബ ഉദ്ദേശിക്കുന്നതും ഇന്നലെ വേറെ ആളെങ്കിലും പൊക്കിവെച്ചിട്ട് വറുപ്പുത്തുമ്പത്തായതെല്ലാം അപ്പൊ സർവ്വാഭിമാനൻ മൊത്തവിന്റെ മാനാക്കായി ശരി അതിൽ ഫാവിന്റെ മാനാക്കുക അപ്പൊ മുത്തുബ ഉയർത്തുന്ന ആളുകൾ എന്ന അർത്ഥം ഈ നവീനെ കൊണ്ട് മറ്റുള്ള ഒരാളുടെ സ്ഥാനങ്ങളൊക്കെ ഉയരും ജഹാലത്തിന്റെ പദവിയിൽ നിന്ന് ആലവിന്റെ പദവിയിലേക്ക് എത്തൂരി നവീനെ കൊണ്ട് ദലാളത്തിൽ നിന്ന് ഉയർന്നിട്ട് നരകത്തിന്റെ സുഖത്തിലേക്ക് വിടുകയല്ലോ എന്നാലും ഉറങ്ങില്ല ആ യാലും അയൽന്ന് പറഞ്ഞാലോ മറ്റുള്ളവരെ സ്മുഫായിലായിട്ടോ സ്മുഫൂരായിട്ടോ അത്തം വെച്ചാലോ ഇനിയുണ്ട് المصطفى مصطفى يا نبينا صلى الله عليه وسلم حديثه او قال انني استطاع ان استطاع استطفاء وهو مستقيم الدرب وصفيه مصطفى صفه وهو مصطفى استطاعين مصطفى استطفاء لنا وهو الذي اختيار خيرنا عند تنزلنا اختيار അബ അബ ഇഖ്തിആന മാനാതി ഇസ്തിഫാർ വനാ മുസ്തഫാ തവാനദൈ മുസ്തഫാ റോദൈ സുനൽ കരീം കരീമുന്നെർ തൻദാമിൽ കർമിൽ സുനാ പുടിക്കപ്പെട്ട കർമിൽ നിന പുടിക്കപ്പെട്ട സിഫത്ത മുശബ്ബഹാനല്ല കരീം വഹു വസിഫത്തൂൻ അദർ സിഫത്താനി കർമുന്നണ്ടത് മനസ്സെന്ന മനസ്സുണ്ടാ സിഫത്ത് താകിത്താ നിരീ ആരി തോരും അൽ ഇഹ്താറ അണ്ടല്ലോ കൊടുക്കണം മറ്റുള്ള ആളുകളൊന്നും കൊടുക്കണോ എങ്ങനെ കൊടുക്കണമെന്ന് അതായത് ഇത് കച്ചവടക്കാൻ ഒന്ന് ജയിലി പോകുമോ കച്ചവടക്കാനുണ്ടോ തെരണോന്ന് കൂടി ഉണ്ടോ എന്തെല്ലാ പൊടിക്കൊണ്ടുവെച്ചല്ലോ നിങ്ങൾക്ക് തെരണോന്നല്ലേ കൂടിയില്ല ആ ഒരു അച്ഛനെ നയിക്കാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വെച്ചിട്ടോട് ഇരിക്കുന്നു പക്ഷേ ലാഫി നവീര് സൈക്കിൻ ഇതിന് തുല്യമായ മറ്റൊരു സാധനത്തിന്റെ മുഖാബലിയിലല്ല അപ്പം കച്ചവടം കൊടുത്തു വരും കച്ചവടത്തിന്റെ അങ്ങനെ പകർന്നു കൊടുത്താലും വരുള്ളൂ നദില്ല സാധനം മറ്റൊന്നും വേണ്ട അപ്പൊ സിഫത്താണ് അതൊരു സിഫത്താവ ഇപ്പം വെച്ചത് ഈ സിഫത്ത് കാരണത്താല് എഴുത്താഴിനെ തോടും അപ്പൊ സിഫത്ത് ഫെയിലായി സിഫത്ത് കാത്തായി ഇങ്ങനെ ഈ സിഫത്ത് ഉണ്ടായാൽ അതിനാൽ ലാജ്യമായി തീരുന്ന കാര്യമാണ് എഴുത്താഴ്ന്നത് എല്ലാ നഷ്ടി മതിക്കൂർ മേൽപ്രവപ്പെട്ട തരത്തിലുള്ള എഴുത്താഴ്ച തന്നെയാണോ എന്നതിന് ഫിലാഫുണ്ട് ഏതാ മേൽപ്രവപ്പെട്ടത് മതിക്കൂറും ലാഫീന ചെയ്യുന്നു ഒന്നും പലരൊന്നും വാങ്ങുന്നില്ല പൊതിവൊന്നും വാങ്ങുന്നില്ല അത്യല്യമായ പൊതുവെ നൽകാതെ തരാം എന്നല്ല അങ്ങനെയുള്ള കൊടുക്കുക തന്നെയാണ് കിടന്നു അപ്പൊ സിഫത്ത് ഫീലായി കൊടുക്കലല്ലേ കിറന്ന് അപ്പൊ കറമ് കൊടുക്കലോ ഏറ്റാകല്ലേ ഏതാകുന്ന പ്രവർത്തിയാണെന്നല്ലോ സിഫത്ത് മറ്റേമ്മ സിഫത്ത് നടത്തായി ഇനി കറമഞ്ഞ് ചെറിയുമെന്ന് മറ്റു നടത്തുന്നുണ്ടെന്നാണ് അങ്ങനെ കുടുംബ പാരമ്പര്യം വാളുടെ ഉന്നതമായ ആളുകൾ നടത്തുന്നുണ്ട് അയാൾ കഴിയുമുന്ന സഭ ما أبو صلى الله عليه وسلم ورد الله من الكريم أم أهلتنا من الأسلام الكريمة الفاحرة كريمة وبدى في الوجود منك كريم من كريم أباؤه كرماء وبدى في الوجود منك كريم من كريم أباؤه كرماء ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മീൻ തങ്ങളിൽ കൂടി പ്രത്യക്ഷപ്പെട്ട് കരിയൻ ഒരു കരിയുമായ ആള് അത് തങ്ങളിൽ നിന്നും തങ്ങളിൽ കൂടി ലോകത്ത് വലിയ കരിയുമായ ഒരാളാണ് മീൻ കരിയ്മൽ ഒരു കരിയുമായ ബാപ്പയിൽ കൂടി ആരാണ് അബ്ദുല്ലാഹി എന്നോട് അപ്പൊ പിന്നെ ഇറങ്ങിയാണ് ചെല്ലോണബോൾഡ് ചോദിക്കുന്ന അർത്ഥമില്ല അവിടെ എങ്ങനത്തെ കരിയുമാണ് ആ ബാപ്പ ആ ബു കുറവാറ് മുഴുവനുപ്പാത്തമാറും കുറവുകളാണ് അങ്ങനത്തെ ബാപ്പാന്റെ മറയാണിത് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ശരിയെത്തി താങ്കൾക്ക് മുമ്പെന്താണോ ശരിയെത്തത് ഈസാ അലി ഇസ്ലാമിന്റെ ശരിയെത്ത തൊട്ട മുമ്പുണ്ടായിരുന്നു പക്ഷെ അഫീലും ബാധകല്ല ഷാമീലായിരുന്നു അവർക്ക് മതിക്കില്ല അപ്പൊ അന്നാട്ടിലേക്ക് ചേർത്തിട്ട് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മില്ലത്തവരുണ്ടല്ലോ അന്ന് ചോദിച്ചാൽ അമലപുരമുള്ള ഹൈ ഭേദഗതിയാക്കിയില്ലായിരുന്നു ഹൈക്കോട്ടെ വേറെ വിയാക്കി എന്ന് വെച്ചിട്ട് ഇസ്ലാമില്ലെന്ന് കരുത്തുവോ അന്നേക്കും നോക്കട്ടെ ഇസ്ലാമിന്റെ ശരീരത്തിൽ ഇവിടെ തന്നെ വേറെ വെക്കിയിരുന്നു ഇന്നത്തെ കോലാഹലം പൊന്മാറി കഴിഞ്ഞ് ഇവിടെ മുസ്ലിം ആയിട്ടില്ലേ ഇപ്പൊ ജീവിതത്തിൽ എല്ലാം മാറ്റം വരുത്തിയില്ലേ എന്നിട്ട് അന്നത്തെ ശരീരത്തിൽ ഇല്ലാണ്ടേക്കമ്രബുൽ ഹൈ വരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അമ്രബുൽ ഹൈ അന്ന് ഇങ്ങോട്ട് പിടിച്ചൊരു അഞ്ഞൂറ് പള്ളി ഇത്ര പിടിച്ചാൽ ജാതി ചെയ്ത് ല്ലേസൈൻ ഈസാനി സ്ലാമിനെ കാണാത്ത മഹത്വം ഇവിടെ നല്ലത് അത് തന്നെയാണ് ബാണധർമ്മൻ ചെയ്യുന്നവർ നോക്കുന്നതിനാൽക്കാണ് താങ്കളുടെ രസബിനെക്കും പറയുന്നത് അപ്പൊ അസുര തയ്യബാണ് ഇബ്രാഹിം അലി സ്ലാമിന്റെ മക്കളിപ്പത്താണല്ലോ അസുര തയ്യൂബ എല്ലാ തയ്യപ്പൊ കിട്ടി രണ്ട് തയ്യബുൽ പ്രകൃതിയാണെങ്കിൽ ഏറ്റവും നല്ല തയ്യപ്പാണ് സംബന്ധ സമാജം അങ്ങനെയാണല്ലോ അപ്പൊ തയ്യബുൽ സ്വഭാവത്തിന്റെ അതിന്മേലാണെങ്കിൽ അതും തയ്യുബാണ് അപ്പൊ എന്താ ഈ എല്ലാ ഭാഗത്തിൽ കൂടി തയ്യബ എന്നും അതു നല്ലത് അങ്ങനെയാണ് مساء الخير يلا سلام عليكم دي واحنا وصلنا لل ال سراي شراني هذه السراي وايك لما حمد الله تعالى شيخ رضي الله عنه الله الرسول صدقوا ശുക്രള്ളി ന്യായം മാറ്റി അള്ള നിയമത്തിന്റെ ശുക്ര ചെയ്യാൻ വേണ്ടി ശ്രതിച്ചു എന്ന് പറയുമ്പോൾ ഹന്തും ശുക്രും ഒന്നായി പി ചൂട്ടി അർത്ഥം ഹന്ധും ശുക്രണ്ടോ ഒരുമിച്ച് കൊണ്ട് പറഞ്ഞത് ആ അപ്പൊ മുസന്നിഫ് അവുന്നത് നിയമത്തിന് ശുക്രായി കൊണ്ടാണ് എന്ന് വെച്ച രണ്ടും ദൂർക്ക് അഹസായിന്നല്ലേ അർത്ഥം വന്നത് അതാണല്ലോ നമുക്ക് നല്ലത് ആ സല്ല ും തങ്ങളാണ് നമുക്ക് വാസിക്കും അപ്പൊ നിയമത്തിന് തന്റെതിന് അമ്മാത്തി സുഖ നിയമത്തിന്റെ വാസത്തെ ആക്കി സലാത്തും കൊടുത്തു അപ്പൊ കളുത്തിനോട് കണ്ട കളുത്തിനും കൊടുത്തു കാലത്തിനോട് കണ്ട കാലത്തിനും കൊടുത്തു അപ്പൊ നമ്മ രണ്ട ഒരുമിച്ച് നോക്കി നടത്താം എങ്ങനാ ടി രണ്ടും ഒരുമിച്ച് വീട്ടിലാണല്ലോ കമാൽ തങ്ങൾ അലി വസ്ല്ലാം അപ്പൊ അതിന്തിനാ ഓർക്ക് സ്ഥലത്ത് അങ്ങനെ അങ്ങനെ ആ വാസിച്ചു കൊടുക്കണോ അത് അറിയുവലി വസ്ല്ലം തങ്ങൾക്ക് നമ്മളെ വക ബാധ്യപായ കുറെ കാലം വിടാനുണ്ട് അതിൽപ്പെട്ട അല്പം വിടാനും കേശും വിടാനല്ല പറഞ്ഞു കേശും വിടാൻ കർമ്മകൾ പല്ലൂടിപ്പോലി പാട്ടത് മാധവല്ല അമൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊരു കലാമോ ആ കലാമിനെ അതുകൊണ്ട് തുടങ്ങപ്പെടൂലത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ പോരാസ്വലാത്യാല എന്റെ പേരിലുള്ള സലാത്ത കൊണ്ടും തുടങ്ങപ്പെടൂലെന്ന് ഹരിച്ചുണ്ട് ഏത് അന്നാലും പറയപ്പെടുന്നില്ല അതുകൊണ്ട് തുടങ്ങപ്പെട്ടില്ല എന്റെ പേര് സ്ലാത്തും ചെല്ലാ ഞാന് അത് അക്കത്തായി മാറിയും അപ്പൊ അക്കത്തന്നെ മാന മമ്മുഹോക്കും മീൻകുല്ലി വറക്കത്തിന്റെ എല്ലാ വറക്കത്തിന്റെ അടുത്തും മമ്മുഹോക്കാണ് അർത്ഥം കരയപ്പെട്ടതെന്ന് അതടച്ചു തോന്നുന്നു വഫുനൽ സ്വലാത്തി വത്തശ്രീ അലൻറെ ബി തന്നെ മുബത്തദേബുറായിട്ടുള്ളത് സലാഹത്തിൽ നിന്ന് സലാമിൽ നിന്ന് അഫുനൽ തങ്ങളെ മേലുണ്ട് ഇത് മുഫ്തദേബുറാമ ഖബറല്ലേ ജുംല അപ്പോ മായന ഇനി ഇതാണെങ്കിലും ഇൻസായിയാണർത്ഥത്തില സലാത്ത് ഉണ്ടാവട്ടേന്ന് വായന ഉണ്ടത് വാർത്തയല്ല ണെങ്കിലും ആണ് പറഞ്ഞാൽ എന്താണ് ഇതൊരു ദ്വായി ആണ് സലാഹിന്റെ ലഫുത് പറയലുദ്ദേശിക്കുന്നു എന്നിട്ടാണ്ട് ഇങ്ങനത്തെ സലാദ് തങ്ങളെ വേണ്ടി ഉണ്ട് എന്ന് വാർത്ത അറിയിക്കലല്ല ലുമായിട്ട് അങ്ങനെ തോന്നാം അപ്പൊ ഇൻഷാദാണെന്ന അവസരത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം സലാത്ത് കൊണ്ടുള്ള ദ്വാരം ഉണ്ടാക്കലാണ് എങ്ങനെ <bii> سيدنا محمدا صلى الله എന്നാണ് അർത്ഥം വന്നത് എന്നുള്ളത് വാ തീം പറഞ്ഞു വന്നു മുമ്പോ സലാത്തിനും അതാ താലീം വന്നത് അതന്നെ വൈഷദ് പിന്നെ വയു ഹയ്യ വാരിയാണ് തസ്ലീമിന്റെ വാണിയാണ് തസ്ലീമിന്റെ അത് കൊടുക്കുന്നത് എങ്ങനത്തെ തങ്ങൾക്ക് അയോധ്യമായ സഹയ്യത്വം ഉണ്ടാവണം എന്ന് എന്നെ അല്ലേ ആ തലീമൊക്കെയുള്ളൂ ആരിക്കുമ്പോഴേ കൊടുത്താൽ ശരിയാവില്ലല്ല ഏതുപോലെ നമ്മളിൽപ്പെട്ട ബാഹനു ബാല്യത്താക്കലില്ലേ عندما يقول الله تعالى نبي صلى الله عليه وسلم تحييه تاكاتي ناطبنا هذا دوائيات حضرنا في النعام إذن لفضل المعينة للمخبراء آقام بتولا ناري إذن وانا معنا كان نوركرم لفضل المعينة للمخبراء الكوران لبينو كان ولا يجوز أن تكون خبرية لفضل المعينة لفضل المعينة للمخبرية رجائزا لام يقول ده െന്ന് വാർത്ത അറിയിക്കലല്ലേ അറിയിക്കലോട് ചലാത്താവൂല പണ്ടുക്ക് പന്തുണ്ട് ഹംദ വാർത്ത അറിയിച്ചാൽ ഹാമിദ് കൊണ്ട് പന്തുണ്ട് അത് അറക്കൂലെന്നാ പറയുന്നു എന്ന് പറഞ്ഞാൽ ലംഞക്കും മുസല്ലി അല്ലെ മുസല്ലിയായി മാറൂല സ്ഥലത്തിന് കൂലിട്ടൂല Allah brain, yeah... <But it means beş foi> െ എന്ന ദ്വാരനാക്കൻ റാവുല ഇക്കേ രാല എന്ന പറയും പക്ഷേ ഇല്ലാലോലിമൻ ഗുരുത്തര കോനുസരിച്ചല്ലാതെ ഒപ്പിക്കാം എങ്ങനെ ഇല്ല എന്നല്ലേ ഇല്ലാന്ന് നമുക്ക് ഒപ്പിച്ചു നോക്കാം സനാത്തുകൊണ്ടുള്ള ഉദ്ദേശം താലീമാണ് അല്ലെങ്കിലോ അവൻ കതിൽ മുസ്തറക്കി താനീമാണ് സലാഹത്ത് കൊണ്ടുള്ള മുണാദ് എന്ന് വെക്കുന്നവരുടെ കൗരനുസരിച്ചല്ല എന്താ പറഞ്ഞിരുന്നു ഇപ്പൊ അള്ളാഹു താര തങ്ങളുടെ പേരിൽ നിയമത്തിൽ ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്ത പറയുന്നുണ്ട് എന്താവൂല സലാഹത്ത് കൊണ്ട് ഉയർന്ന സ്ഥാനത്താവൂലെന്നാ പറയുന്നത് പക്ഷെ ആവെന്ന് പറഞ്ഞവരെന്താ പറയുന്നറിയോ സരാത്ത് കൊണ്ടുള്ള ഉദ്ദേശം താലീമായിരുന്നു അപ്പൊ അള്ളാഹത്താഴെ താലീമാക്കിയിട്ടുണ്ട് എന്ന് വാർത്ത പറഞ്ഞാൽ അതൊരു താലീമാണോ എന്ന ചർച്ച വെള്ള നിൽക്കുന്നു അള്ളാഹത്താഴെ വലിയ ഒരാളാണ് കേട്ടോ ഇവർ എന്ന് അറിയിച്ചു കൊടുത്താൽ അതൊരു താലീമാണോ അതീമാക്കാണെങ്കിൽ നിസ്വഭാവം കൊണ്ടൊരു അറിയുമ്പോൾ വരും മൗലിവാക്യം അല്ലെങ്കിൽ സലാത്ത് എന്നുള്ളത് കതൃപുസ്തേ കദർ പുസ്തകക്ക് ഒന്ന് താലീമാക്കാനോ താഴീമുണ്ട് ഇഹബാർ ചെയ്യാൻ അല്ലെങ്കിൽ ലഭിച്ചു വെച്ചു അതായത് ആരവേലാണോ സലാത്ത് ചെല്ലപ്പെടുന്ന അവരുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായ ശ്രദ്ധയും താല്പര്യം എന്ന പ്രകടനം അതെന്താ രണ്ടു കൊണ്ടാകാം ഒന്ന് താലീമാക്കലുണ്ട് മറ്റും മറ്റുള്ള പോലെ താലീമാക്കിയിട്ടുണ്ടേ എന്ന് മറ്റുള്ളവരുടെ ഇഹ്ബാർ ചെയ്യലും ഉണ്ട് രണ്ടു ആകാം കതൃപുസ്തകാക്കിയാൽ ു അപ്പോൾ എന്ത് പറ്റും രണ്ട് ലഖും ഒരു കുഴപ്പമില്ല എന്തുകൊണ്ട് അള്ളാഹു സലാഹത്ത് ചെല്ലിയിട്ടുണ്ട് അങ്ങനത്തെ ഒരാളാണ് തങ്ങളുടെ എന്നിട്ടാണ് വിവരം കൊടുത്താലേ അല്ലാ വസല്ലമ്മ തങ്ങളെ തീമാക്കിയ ആളായ എന്റെ അടിസ്ഥാനത്തിന് അന്നൽ മുറാദി താങ്ങു എന്ന കോരുതാണ് വായത്തനാ ബിഹി എന്ന് പറഞ്ഞിടത്തേക്ക് അവ അന്ന മോത്തുൽ കദിൽ മുസ്തലയ്ക്ക് മഹുല്ലവരായി പ്രതാലോ ഓരോന്നോട് കോത്തിക്കൊള്ളണോ ആ പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഉള്ളു ശരാ പുസ്തകത്തെ കഥ ഹിക്കിനെതിരാകുന്നുണ്ട് ആ കോരുണ്ടല്ലോ അനുസരിച്ച് അറിയില്ലവണല്ലോ ഇല്ലവണെങ്കിൽ മനസ്സിലായില്ലേ ാണ് സലാത്തിന്റെ അതെന്നെ പോണമെന്നില്ല എന്ത് ചേർക്കപ്പെട്ടാൽ അതായത് അള്ളാ തല തലാ കണ്ടിത്ത മാന അത് ഇലാഫെന്ന് പറഞ്ഞാൽ സാധാരണ മുന്നാഫും മൂന്നാഫിന് ഏറ്റവും ഒന്നും ജാറും ഒന്നും മജുരൂ ആക്കി വെക്കുന്നുണ്ടല്ലോ ആ ഇലാഫത്തല്ല ഉദ്ദേശം ഈ പേരന്റെ പായലോ എന്തോ ആളാക്കി വെക്കുക അല്ലെങ്കിൽ അവർ മുസരത്തിന് ഇരകിയാക്കുക അന്നേ അർത്ഥമുള്ളൂ മുസിബത്തിൽ പറഞ്ഞത് ഇതല്ലാണ്ട് സലാത്ത കൊള്ളയില്ല സലാത്ത് ഇലാഫത്ത് ആ ഇതാഫത്തിന്റെ ഫുസൂസും അതല്ല സല്ലാഹു എന്ന് പറഞ്ഞാലും അത് ഇതാഫത്താണ് ഇങ്ങനെ നിസിബം സല്ലാന്റെ പായൽ എന്നല്ലാണ്ട് മുലാഫ് മുല്ലാഫലിയാക്കി പറയൽ എന്ന വേനാക്കെല്ലാണ്ട് തിരിക്കാൻ പറഞ്ഞ മുമ്പ് ചുരുക്കത്തിൽ അഭൂ എന്ന് പറഞ്ഞത് വിഭാഗത്തിൽ ഓരോ പെട്ടുമണി ശരിയാണോ അപ്പ അതെയാ ചുരുക്കത്തിൽ സലാഹത്തിന്റെ ഉത്തരവാദി അള്ളാഹാന്ന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ സലാത്തുള്ള സല്ലന്നാകുന്നോ അള്ളാ മുല്ലീനോ എന്തോന്ന് പറഞ്ഞോ അതിന്റെ അപ്പായം കണ്ടാകേ വന്നു